श्री राम जय राम जय जय राम श्री विश्वसंमसि राम जय राम श्री സംോ മിത്ര സംവരുണോ ഇന്ദ്രുബൃസ്പതി വിഷുരുക്കമ ശം തന്മാവീ തദ് ചിന്യർ വിവേക <Leave Jedi situation> ജ്ഞാനകർമ്മ സമുച്ചയം അതിനെ നിഷേധിക്കുകയാണ് ജ്ഞാനകർമ്മം സമുച്ചയത്തെ ഭാഷകാരൻ സർവത്രം നിഷേധിക്കുന്നുണ്ട് ഗീതയിൽ പലതവണ നിഷേധിച്ചിട്ടുണ്ട് നമ്മൾ അത് ചർച്ച ചെയ്ത പുനഷത്തുകളിലെല്ലാം നല്ല സന്ദർഭം വരുന്നെടുത്തല്ല ഇവിടെ അത് കുറച്ചുകൂടി വിപുലമായി ചെയ്യുന്നു അതിൽ തന്നെ പല വികല്പങ്ങളെ നിഷേധിക്കുന്നു അത് മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത സപത്ര കർമ്മത്തിൻ്റെ പ്രാധാന്യത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇതിനെ തൊട്ടു മുമ്പ് ഉപാസനയും മറ്റും വന്നതുകൊണ്ടായിരിക്കും ഇവിടെ കർമ്മത്തിന്റെ പ്രയോജനം എന്താണ് അതുകൂടി പറയുന്നത് മറ്റു സ്ഥലങ്ങളിൽ കർമ്മത്തെ പാടെ നിഷേധിക്കുക ഇവിടെ അതല്ല ജ്ഞാനകർമ്മ സമുച്ചയത്തെ നിഷേധിക്കുന്നതോടൊപ്പം കർമ്മം ആവശ്യമുള്ളതാണ് അത് ജ്ഞാനത്തെ പോലെ തന്നെ അത്യന്താപേക്ഷിതമാണെന്നുകൂടി പറയുന്നുണ്ട് സാധാരണ അദ്വൈതികൾ കർമ്മത്തെ പാടെ നിഷേധിക്കും കർമ്മത്തിന് യാതൊരു പ്രസക്തി കർമ്മ ആവശ്യമില്ലാത്തതാണ് ആ രീതി അങ്ങനെ നിഷേധിക്കുന്നതിന് കാരണം പ്രധാനമായിട്ടും ഈ പ്രകടനഗ്രന്ഥങ്ങളുടെ അധ്യയനമാണ് പ്രകടനഗ്രന്ഥങ്ങൾ അതിൽ ഈ തത്വത്തെ കുറിച്ചുള്ള മനനമുണ്ട് ഭാഷ്യവും പ്രവർത്തനഗ്രന്ഥങ്ങളും തമ്മിലുള്ള വ്യത്യാസം അതാണ് ഇപവാറും എല്ലാം അതിൽ ആ മുഖ്യമായ തത്വം മാത്രം പറയുന്നു അവിടെ അതെല്ലാം നിതിധ്യാസന വരുമാനല്ല ശ്യം ശ്രവണം മനനം നിരീധ്യാസനം ഒന്നും ഒരുമിച്ച് നടക്കുന്നതാണ് അത നിധ്യാസനം മാത്രം അവിടെ ഭൂർവക്ഷങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഭൂപക്ഷത്തെ കുറിച്ച് ചിന്തിക്കുന്നിടത്താണ് മനനം വരുന്നത് പൂർവപക്ഷത്തെ ചിന്തിക്കാതെ തത്വത്വം മാത്രം അനുസന്ധാനം ചെയ്യുമ്പോൾ അത് നിധ്യാസനവും നിധ്യാസനം എന്ന് പറയുന്നത് സാരമായി ഭാഷ്യത്തിൻ്റെ സാരമോ ആത്മബോധം പോലെയുള്ള ലഘുഗ്രന്ഥങ്ങളെല്ലാം അത് സാരമാണ് എന്താണ് ഇതിൻ്റെ പരമമായ താല്പര്യം അതിൽ മനസ്സുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അവിടെ കർമ്മത്തിനോ ഉപാസനയ്ക്കോ ഒന്നും പ്രാധാന്യം കൊടുക്കാറില്ല അത് ചർച്ചയ്ക്ക് വരാറില്ല വന്നാൽ തന്നെ അത് നിഷേധാത്മകമായിരിക്കും അത് ആവശ്യമില്ല അവിടെ രണ്ടു കാര്യവും പറയാനുള്ളൂ ബ്രഹ്മസത്യം ജഗത്മിഥ്യ ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത് ധാരാളം പ്രകടനഗ്രന്ഥങ്ങളുണ്ട് സാധാരണ അത് ശ്രവണസുഖമുള്ളതാണ് ശ്രവണസുഖം എന്ന് വെച്ചാൽ കേൾക്കാൻ രസമുള്ളതാണ് പക്ഷേ അത്ര സുഖമേ കാണത്തുള്ളൂ അതിക്കവിഞ്ഞതിൽ നിന്ന് സുഖമൊന്നും കിട്ടത്തില്ല ഭാഷയും മറ്റും അങ്ങനെയല്ല ഏറെക്കുറെ ദുർഗ്രഹമാണ് കണ്ണ്പൂർവക്ഷം സിദ്ധാന്തം ഈ രീതിയിലാണ് പോകുന്നത് ഗ്രഹിക്കാനുള്ളതിൽ കൂടുതൽ ഗ്രഹിച്ചിട്ട് തള്ളിക്കളയാനുണ്ട് ഭൂർവക്ഷത്തെ നിഷേധിക്കണമെങ്കിൽ എന്ത് വേണം ആദ്യം അത് മനസ്സിലാക്കും അത് മനസ്സിലാക്കിയിട്ട് പിന്നോനും നിഷേധിക്കും ഭൂരിപക്ഷമാണ് കൂടുതൽ സിദ്ധാന്തം കുറവാ വളരെ ഭൂരിപക്ഷങ്ങൾ പറഞ്ഞ് ഇവിടെ തന്നെ ഒരു നാലഞ്ച് പേജ് പൂർവപക്ഷമാണ് അതെല്ലാം ചർച്ച അവസാനം സിദ്ധാന്തം ഒരു വരിയിലും ഈ ഒരു വരിയാണു പ്രകടന ഗ്രന്ഥങ്ങളിൽ വരുന്നത് അവസാനത്തെ അവിടെ കർമ്മമോ ഉപാസനയോ പരാമർശ അതൊക്കെ അവൻ അതിനെ നിഷേധിക്കാൻ വേണ്ടി മാത്രം വരും അതുകൊണ്ട് എന്തു ചെയ്യുന്നു ഈ ഭാഷ്യം മറ്റും അധ്യയനം ചെയ്യാത്തവർ പ്രകടനഗ്രന്ഥങ്ങൾ മാത്രം അധ്യയനം ചെയ്യുമ്പോൾ അതിന് തെറ്റിദ്ധാരണ വരും കാരണം മനന സംഭവിക്കാതെ വിദ്യാസന് ശരിയാകത്തില്ല അതൊരുമിച്ച് സംഭവിക്കുന്നതാണ് ഭാഷ്യം ഇത് ഈ പ്രകടനം എന്തിനു വേണ്ടിയുള്ളതാണോ ശരിയായ ആ മനനം ചെയ്തവർക്ക് ആ തത്വത്തെ ദ്രഹിക്കാൻ വേണ്ടി അതിന് മനസ്സിനുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീധ്യാസന വരവെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അതിനെ മാത്രം ആശ്രയിച്ച ഈ അദ്വൈതത്തെ സംബന്ധിച്ച് പല തെറ്റിദ്ധാരണകളും വരാം അതിലൊന്നാണ് അദ്വൈതത്തിൽ കർമ്മത്തിന് പ്രസക്തിയില്ല അദ്വൈതം കർമ്മത്തെ പാടെ നിഷേധിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പ്രകടനഗ്രന്ഥത്തിലെ നിങ്ങളൊന്നും കടക്കാത്തത് ആദ്യം ബ്രഹ്മസൂത്രത്തിൽ തന്നെ തുടങ്ങിയതുകൊണ്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നേരെ ചൊവ്വേ തന്നെ മനസ്സിലാകും അതുമാത്രമല്ല ആദ്യം നമ്മൾ പ്രകടന ഗ്രന്ഥങ്ങൾ ലേക്ക് കടന്നു കഴിഞ്ഞാൽ കേവലം നിധ്യാസനപരമായ കേവലം തത്വപ്രതിപാദനപരമായ അതിനെ അനുസന്ധാനം ചെയ്തു കഴിഞ്ഞാൽ അത് തത്വത്തിന്റെ വ്യക്തതയ്ക്ക് പകരം ഇത്തരം ഭ്രമങ്ങളുണ്ടാകും കർമ്മത്തെ മറ്റും നിഷേധിക്കുക ഇത്തരം ഭ്രമത്തെ ഉണ്ടാകും അത് പ്രത്യേകിച്ച് കർമ്മത്തിന്റെ മേഖലയിൽ നിൽക്കുന്നവർക്ക് ആശയക്കുഴപ്പമുണ്ടാകും കർമ്മം ചെയ്യാൻ താല്പര്യമുള്ളവരെ നിരാശപ്പെടുത്തും അലസന്മാരെ വളരെ സന്തോഷിപ്പിക്കും അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളുണ്ട് അതുകൊണ്ട് മനന ശ്രവണ മനനങ്ങൾ ശരിയായ രീതിയിൽ അനുഷ്ഠിച്ചിട്ടുള്ളവർക്ക് നിധ്യാഹാസനത്തിൽ മനസ്സുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രകടനങ്ങൾ മിക്ക അങ്ങനെ അല്ലാത്തതും ഉണ്ട് പക്ഷെ പ്രധാനപ്പെട്ട പ്രകടനങ്ങളെല്ലാം അതാണ് അപ്പോൾ അത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ് പേവനം നിരീധ്യാസനപരമാണ് എന്ന ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഭാഷ്യകാരൻ കർമ്മത്തെ പാടെ നിഷേധിക്കുന്നുണ്ട് ിക്കുന്നു കർമ്മം കൊണ്ടിത് സാധ്യമല്ല അത് യാതൊരു ദാക്ഷിണ്യവും കൂടാതെ നിഷേധിക്കുന്നുണ്ട് അതേസമയം കർമ്മത്തിന്റെ പ്രാധാന്യം ജ്ഞാനം പോലെ തന്നെ കർമ്മത്തിനും പ്രാധാന്യമുണ്ട് അതും പറയുന്നുണ്ട് ജീവൻ അവന്റെ സംസ്കാര പ്രേരിതനായി ജന്മത്തെ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും അവന്റെ യോഗ്യത കർമ്മത്തിനാണ് ജ്ഞാനത്തിനുള്ള ഇവിടെ തന്നെ മുറിയും ജ്ഞാനത്തിനുള്ള ആ യോഗ്യത അപൂർവമായി സംഭവിക്കാറുള്ളൂ ഇപ്പൊ കർമ്മം സ്വാഭാവികമായും ഒരുവനെ പ്രാപിക്കുന്നതാണ് അത് വന്നുചേരുന്നതാണ് അതിന് മുഖ്യമായൊരു ഹേതു സംസ്കാരമാണ് അപ്പം നമ്മളെന്തെങ്കിലും ഒരു ആശയം മനസ്സിലാക്കിയതുകൊണ്ട് കർമ്മത്തിൽ നിന്ന് ഒഴിയാൻ പറ്റത്തില്ല എന്തെങ്കിലും നമ്മുടെ ബുദ്ധിയിൽ വിജയിച്ചത് കൊണ്ട് കർമ്മത്തെ വിടാനൊക്കെ അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ അതുകൊണ്ട് വിവേകം ഉണ്ടാകത്തുമില്ല അതുകൊണ്ടിവിടെ പറയുന്നുണ്ട് എന്താണോ ജ്ഞാനോത്പത്തിക്ക് കർമ്മം അത്യന്താപേക്ഷിതമാണ് എങ്ങനെയാണോ മോക്ഷത്തിന് ജ്ഞാനത്തെ കാരണമെന്ന് അദ്വൈതത്തിൽ പറയുന്നത് അതേ പ്രാധാന്യമാണ് ജ്ഞാനുത്പത്തിക്ക് കർമ്മത്തിന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ് മോക്ഷത്തിന് എങ്ങനെ ജ്ഞാനം പ്രധാനമായിരിക്കുന്നു അതുപോലെ ജ്ഞാനോത്പത്തി കർമ്മം പ്രധാനമാണ് ആ കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിനു മുന്നോടിയായിട്ട് കർമ്മം മോക്ഷത്തിന് കാരണമാണ് എന്നുള്ളതിന് ഇവിടെ നിന്ന് ശരിക്കും അത്ര ഏത് ഇവിടെ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിന്തിക്കുകയാണ് ചർച്ച ചെയ്യുകയാണ് വിദ്യകർമ്മണോർ വിവേകാർത്ഥം വിദ്യയും കർമ്മത്തെയും വിവേചിച്ചറിയണം എങ്ങനെ വിവേചിച്ചറിയണം വിദ്യയുടെ പ്രയോജനം എന്താണ് ഇവിടെ വിദ്യ എന്ന് പറഞ്ഞാൽ ജ്ഞാനം ജ്ഞാനത്തിന്റെ പ്രയോജനം എന്താണ് മോക്ഷം കർമ്മത്തിന്റെ പ്രയോജനം എന്താണ് ജ്ഞാന ഇത് വിവേചിച്ചറിയണം അപ്പോൾ കർമ്മം എങ്ങനെ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നു ജ്ഞാനം എങ്ങനെ മോക്ഷത്തിലേക്ക് നയിക്കുന്നു ഇത് വിവേചിച്ചറിയണം കർമ്മഭ്യേവ കേരം ശ്രേയ അപരവുമായ ശ്രേയസ് അതായത് മോക്ഷം കർമ്മം കൊണ്ട് സാധ്യമാകുമോ വിദ്യാ സവ്യപേക്ഷഭ്യ അതോ ജ്ഞാനവും കർമ്മവും ചേർത്തു ജ്ഞാനവും കർമ്മവും പറയുമ്പോൾ അവിടെ ജ്ഞാനത്തിന് പ്രാധാന്യമില്ല കർമ്മത്തിന് പ്രാധാന്യമുണ്ട് കർമ്മത്തെ മുഖ്യമായി സ്വീകരിക്കും അതോടൊപ്പം ഞാനും അതാണ് വിദ്യാസവ്യപേക്ഷ വിദ്യയെക്കൂടി സ്വീകരിക്കുന്നതായിരുന്നു കർമ്മം അഹോസി മറിച്ച് വിദ്യാ കർമ്മഭ്യാം രണ്ടുപേർ പോലെ സംഹതാഭ്യാം ഞാൻ ആ കർമ്മങ്ങൾ രണ്ടിനും ഒരേ പ്രാധാന്യമാണ് വിദ്യയാവാ കർമാപേക്ഷ അതോ വിദ്യക്ക് പ്രാധാന്യം അതിനോടൊപ്പം കർമ്മവും അങ്ങനെയാണ് ഉദ അതോ മറിച്ച് കേവലായ വിദ്യയായ അതോ വിദ്യ മാത്രം കൊണ്ടാണോ ഏതെല്ലാം പക്ഷങ്ങളുണ്ടോ അതെല്ലാം ചിന്തിക്കുന്നു ഒന്ന് കേവല കർമ്മം ഒന്നാമത്തെ പക്ഷം കേവല കർമ്മം കൊണ്ട് മോക്ഷ സാധ്യമാ രണ്ടാം രണ്ട് വിദ്യയും കർമ്മവും ചേർന്നത് അതിന് കർമ്മത്തിന് പ്രാധാന്യമുള്ളത് അതിനെ നിഷേധിക്കുന്നു മൂന്നാമത്തത് രണ്ടിന് തുല്യ പ്രാധാന്യം വിദ്യാകർമ്മങ്ങൾ അതിനെ നിഷേധിക്കുന്നു നാലാമത് കർമ്മത്തിന് പ്രാധാന്യം വിദ്യ അപ്രധാന അതിനെ നിഷേധിക്കുന്നു അഞ്ചാമത് കേവലമായ വിദ്യ അതിനെ സ്വീകരിക്കുന്നു അതാണ് സിദ്ധാന്തം ഇനി വരുന്ന ഇതാണ് ചർച്ച ചെയ്യുന്നത് സമസ്ത വേദാർത്ഥ ജ്ഞാനവത കർമാധികാര കർമ്മം കൊണ്ട് മോക്ഷം എന്നെന്തുകൊണ്ട് പറഞ്ഞു ബാല്യത്തിൽ തന്നെ ഉപനയനം ചെയ്യുന്നു ഗുരുകുലത്തിൽ താമസിച്ച് വേദാധ്യയനം ചെയ്യുന്നു വേദമീമാംസ അതുകൊണ്ട് വേദാർത്ഥ ജ്ഞാനം സമസ്ത വേദാർത്ഥ ജ്ഞാനം വരുന്നു അവനാണ് പിന്നീട് ഗുരുകുലത്തിൽ നിന്ന് വീട്ടിൽ കർമ്മം ചെയ്യുന്നു അഗ്നിഹോത്രാദികൾ അനുഷ്ഠിക്കുന്നത് ൂർണമായ വേദാധ്യയനത്തിന് ശേഷമാണ് കർമ്മം ചെയ്തത് അപ്പൊ ആ കർമ്മം കൊണ്ട് മോക്ഷമുണ്ടായില്ലെങ്കിൽ പിന്നെ ആ കർമ്മത്തിന് എന്താ പ്രയോജനം വേദ കൃഷ്ണോ അതിഗന്തവ്യ സരവസ്വോ ദ്ജന്മനാ ദ് ഉപനയനം ചെയ്തവൻ കൃഷ്ണ വേദ അധിഗന്തവ്യ പൂർണ്ണ വേദവും അധ്യയനം ചെയ്യണം സരഹസ്യത്തോടുകൂടി രഹസ്യം ഉപനിഷത്ത് ഉപനിഷത്ത് സഹിതമായ വേദം അധ്യയനം ചെയ്യണം ഉപനിഷത്ത് സഹിതം എന്ന് എന്തുകൊണ്ട് പറഞ്ഞു പൂർവീമാകർ പറയുന്നത് ഈ ഉപനിഷത്ത് ഒട്ടുമുക്കാലും അതർത്ഥവാദപരമാണ് പക്ഷെ വേദാധ്യയനം സ്വാധ്യായോ അധ്യേതവ്യഹ വേദം അധ്യയനം ചെയ്യണമെന്ന് വേദം തന്നെ വിധിച്ചിരിക്കുന്നതുകൊണ്ട് അത് സ്തുതിനിന്ദാപരങ്ങളാണെങ്കിലും അതുകൂടി ചേർത്ത് അധ്യയനിച്ചു ഇപ്പൊ പൂർണ്ണ വേദാധ്യയനം അത് ചെയ്ത് അതിനുശേഷം കർമ്മത്തിലേക്ക് കിടക്കുക ഇത് സ്മരണാത്മനുസ്മൃതി ഇത് പറയുന്നുണ്ട് അതുകൊണ്ട് പൂർണ്ണമായ വേദാധ്യയനം ധികമ സഹ ഉപനിഷേ എന്ന ആത്മജ്ഞാനാദിനാണ് വേദാധ്യയനം എങ്ങനെ ചെയ്യണം സഹ ഉപനിഷർ എന്ന ഉപനിഷത്തിന്റെ താല്പര്യം ഗ്രഹിക്കണം അതെന്താണ് ആത്മജ്ഞാനം സമ്പൂർണമായ വേദത്തിന്റെ അധ്യയനം ഉപനിഷത്തെ ഗ്രഹിച്ചുകൊണ്ട് ആത്മജ്ഞാനപൂർവകമായി അതിനുശേഷം വിദ്വാൻ യജദേ വിദ്വാൻ വേദജ്ഞാനി വേദജ്ഞൻ ുന്നു വിവാൻ യാരി പുരോഹിതനായിരുന്നു സ്വന്തം തന്നെയും നിത്യാഗ്നിഹോത്രവും മറ്റും ചെയ്യുന്നു മറ്റേ യമാനെ കൊണ്ട് രാജസ്വയം പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു ഇത് ജാബിദിഷൈവ കർമ്മികാര പ്രദർശിത അതുകൊണ്ട് വേദാധ്യയനത്തിന് ശേഷം കർമ്മം ചെയ്യുന്നത് കൊണ്ട് വേദ ജ്ഞാനത്തിന് ശേഷം കർമ്മം ചെയ്യുന്നത് കൊണ്ട് വേദജ്ഞാനമുള്ളവനാണ് വിദ്വാൻ ജ്ഞാനി എന്താണ് ചെയ്യുന്നത് കാണുന്നത് എന്താണ് കർമ്മണ്യ അധികാര പ്രദർശിതേ കർമ്മം ചെയ്യുന്നതാണ് കാണുന്നത് ഗുരുകുലത്തിൽ നിന്ന് വീട്ടിൽ പോയാൽ പിന്നെ ചെയ്യുന്നത് അതുകൊണ്ട് വേദജ്ഞാനം കർമ്മത്തിനുള്ളതാണ് ർമ്മണ്യതിദർശത വിദ്വാനാണ് കർമ്മം പ്രദർശിത സർവത്ര എന്ന് പറയുമ്പോൾ വിദ്വാന് കർമ്മം എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാകും ജ്ഞാത്വത്തെ അനുഷ്ഠാനം ഇല്ല അറിഞ്ഞിട്ടാണ് ശേഷം കർമ്മം ചെയ്യുന്നു അതുകൊണ്ട് വേദജ്ഞാനത്തിന് ശേഷം കർമ്മം കർമ്മത്തിന് ശേഷം മോക്ഷം ക്രിസ്നസ്റ്റ് വേദ കർമാർത്ഥ ഇതി ഹിമിത പൂർവമീമാംസകരും മറ്റും എന്താണ് പറയുന്നത് സമ്പൂർണ്ണ വേദവും കർമ്മം ചെയ്യാനുള്ളതാണ് പ്രത്യേകിച്ചൊരു നിർഗുണ ബ്രഹ്മത്തെ ഒന്നും അത് ബോധിപ്പിക്കുന്നില്ല സർവകർമ്മസന്യാസത്തെ ബോധിപ്പിക്കുന്നില്ല അങ്ങനെ ഒരു ആത്മജ്ഞാനനിഷ്ഠയെ ബോധിപ്പിക്കുന്നില്ല അതിൻ്റെ ഫലമായി വരുന്ന ഒരു നിശ്രേയസത്തെ ബോധിപ്പിക്കുന്നില്ല പിന്നെയോ എല്ലാം കർമ്മത്തെ ബോധിപ്പിക്കുന്നു കർമ്മം ചെയ്യുക മോക്ഷം നേടുക കർമ്മേഭ്യസ്പരം ശ്രേയോ അവാപ്യേത വേദമാണ് ദൃശ്യ വേദ അധ്യയനം അതിനുശേഷം കർമ്മം ഇതേ വേദത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ അതുകൊണ്ട് കർമ്മം കൊണ്ട് മോക്ഷം എന്ന് സ്വീകരിച്ചേ മതിയാകൂ ഇല്ലെങ്കിൽ വേദം വ്യർത്ഥമാകും കാരണം വേദം പൂർണമായി അധ്യയനം ചെയ്തിട്ടാണ് കർമ്മം ചെയ്യുന്നത് അതിൽ നിന്ന് മോക്ഷമുണ്ടായില്ലെങ്കിൽ പിന്നെ വേദം എന്തിനു വേദമാനുധവമാണെന്ന് വരും ഇത്രയും ആദ്യത്തെ പക്ഷത്തിന്റെ പുറപക്ഷം അതിന് സമാനം നിത്യത്വം മോക്ഷസ്യ മോക്ഷം നിത്യമാണ് നിത്യോ ഹിമോക്ഷ മോക്ഷം ആത്മസ്വരൂപമാണ് ആത്മാവും നിത്യമാണ് അതുകൊണ്ട് മോക്ഷവും നിത്യമാണ് കർമ്മകാര്യസ്ഥിറ്റ ആ നിത്യത്വം പ്രസിദ്ധ ലോകം മോക്ഷത്തെ എന്തുകൊണ്ട് കർമ്മഫലമായി സ്വീകരിക്കുന്നില്ല കർമ്മം കർമ്മഫലം അനിത്യമാണ് പ്രസിദ്ധൻ ലോകം അതിന് വേദം പഠിക്കേണ്ട കാര്യമില്ല ലോകത്തിലത് പ്രസിദ്ധമാണ് കർമ്മത്തിൽ നിന്നൊരു മോക്ഷം ഉണ്ടാകുക ആ മോക്ഷം അനിത്യമാകുക അത് അനിഷ്ടമാണ് അതാർക്കും താല്പര്യമുള്ള കാര്യമില്ല അനിത്യമായൊരു മോക്ഷം അതിനുവേണ്ടി പരിശ്രമിക്കുക അങ്ങനെ ഒരു മോക്ഷത്തെ നേടുക അതാർക്കും ഇഷ്ടമുള്ള കാര്യം വേണ്ട കർമ്മചിത്തോ ലോക ക്ഷീയത ഇത്യാദിന്യായ അനുഗ്രഹീത ശ്രുതിവിരോധ എന്തുകൊണ്ട് ശ്രുതി എന്ന് പറയുന്നു ശ്രുതി യുക്തിയുക്തമായി പറയുന്നു എങ്ങനെയാണോ ഈ ലോകത്തിൽ കർമ്മം കൊണ്ട് സമ്പാദിക്കുന്ന ലോകങ്ങൾ നശിക്കുന്നത് അതുപോലെ വൈദികമായ കർമ്മം കൊണ്ട് സമ്പാദിക്കുന്ന സ്വർഗാദി പരലോകങ്ങളും നശിക്കുന്നു അതുകൊണ്ട് കർമ്മഫലം നശിക്കുന്നതാണ് കർമ്മം കൊണ്ട് മോക്ഷം എന്ന് വന്നു കഴിഞ്ഞാൽ ആ മോക്ഷം നശിക്കും പക്ഷേ മോക്ഷം നിത്യമാണോ കർമ്മം കൊണ്ടുള്ള മോക്ഷത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ശ്രുതിക്ക് വിരോധം വരും ശ്രുതിവിരോധ കാമ്യപ്രതി അതുകൊണ്ട് അത് ശരിയല്ല കർമ്മം കൊണ്ട് മോക്ഷം സാധ്യമല്ല ഇനി മറ്റൊരു കാര്യം പറയുന്നു നമുക്ക് ചർച്ച ചെയ്തതാണ് കാമ്യപ്രതിഷുദ്ധിയോരനാരംഭ കാമ്യനിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക ആരബ്ധിര കർമ്മണോപഭോഗി അനുഷ്ഠയ ഏത് കർമ്മങ്ങളാണോ ഈ ജന്മത്തിന് കാരണമായതാണോ അതാണ് ആരബ്ധം അത് അനുഭവം കൊണ്ട് നശിക്കും ശരീരനാശത്തോടുകൂടി അത് തീരും നിത്യാനുഷ്ഠാന പ്രത്യവായ അനുപത്യഹി നിത്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക പാപങ്ങൾ ഒടങ്ങും ജ്ഞാനനിരപേക്ഷയോ മോക്ഷ മരണത്തോടുകൂടി മോക്ഷം സംഭവിക്കുക ഇത് മുമ്പ് ചർച്ച ചെയ്താണ് ഈ പക്ഷം ഇത് ചെയ്ത് എന്നാണെങ്കിലോ തച്ചന അതും ശരിയണ്ട അപ്പൊ ഇവിടെ എന്താണ് കാമ്യം ഒഴിവാക്കുക സ്വർഗത്തിൽ പോകേണ്ട ആവശ്യമില്ല നിഷ്ധത്തെ ഒഴിവാക്കിയാൽ നരകത്തിൽ പോവണ്ട പിന്നെ ശേഷിക്കുന്നത് കേവലം നിത്യകർമ്മമാണ് ആ നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുക അതെന്തെയും പാപത്തെ നശിപ്പിക്കും ഈ പ്രാരംഭം ഈ ജന്മം അത് അനുഭവം കൊണ്ട് ഈ ശരീരം നശിക്കും പാപം നശിക്കുന്നോണ്ട് ഇനി വേറെ ശരീരം ഉണ്ടാകത്തില്ല മരണത്തോടുകൂടി മോക്ഷം സംഭവിക്കും വിശേഷജ്ഞാനത്തിന്റെ ആവശ്യമില്ല തന്നാത് ശരിയല്ല ശേഷകർമ്മ സംഭവ പറയുന്നു അനന്ത ജന്മങ്ങളിലെ പൂർവകർമ്മങ്ങൾ എങ്ങനെയാണ് നശിക്കുന്നത് അത് ശേഷിക്കുമെന്ന് ീ പ്രബ്ധ കൊണ്ട് ഈ ശരീരം എടുത്തിട്ട് ശേഷിക്കുന്നതാണ് ശേഷക്രം അത് അന്ധകരണത്തിൽ സഞ്ചയിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് നശിക്കുന്നത് അത് നശിക്കത്തില്ലെന്ന് തന്നിമിത്ത ശരീരാന്തരോത്പത്തി പ്രാപ്നോതീതി പ്രത്യുക്തം നേരത്തെ ഇതിന് മറുപടി പറഞ്ഞതാണ് കർമ്മശേഷം കൊണ്ട് ഈ ശരീരം നശിച്ചാലും വീണ്ടും ശരീരം സ്വീകരിക്കേണ്ടി വരും കർമ്മം അവിടെ ഉണ്ട് അതുകൊണ്ട് ഈ പറയുന്നത് ജ്ഞാനം കൂടാതെ മോക്ഷം നിത്യകർമ്മങ്ങൾ കൊണ്ട് പാപത്തെ നശിപ്പിച്ചാൽ ശരീരനാശത്തോടു കൂടി മോക്ഷം വരും എന്ന് കരുതുന്നത് ശരി അങ്ങനെ പലരും കരുതുന്നുണ്ട് ശരീരം നശിച്ചാൽ മോക്ഷം വരും സത്കർമ്മങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചാൽ അതുകൊണ്ട് പാപങ്ങളെല്ലാം നശിക്കും അത് ശരിയല്ല കർമ്മശേഷ നിത്യാനുഷ്ഠാനേന അവരോധ ക്ഷയ അനുഭൂ അപ്പ് പറഞ്ഞു എന്താണോ ഈ നിത്യകർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് പൂർവ്വ അനന്ത ജന്മങ്ങളിൽ ആർജിച്ചിരിക്കുന്ന കർമ്മങ്ങൾ എങ്ങനെ നശിപ്പിച്ചിട്ടുണ്ടെന്നും തമ്മിൽ വിരുദ്ധമായ കാര്യമല്ല മറിച്ച് ഇത് അതിനോട് ചേരത്തേക്കും ഇതുവരെ സഞ്ചയിച്ചിരിക്കുന്ന കർമ്മത്തോടു കൂടി ഈ ചെയ്യുന്ന കർമ്മ സംസ്കാരവും അങ്ങോട്ട് ചേരും ഇത് തമ്മിൽ വിരോധത്തിന് കാര്യം അതുകൊണ്ട് സത്കർമ്മങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്ത് ശരീരനാശം വരെ കാത്തിരിക്കുകയോ അതുകൊണ്ട് സർവകർമ്മങ്ങൾ ഒടുങ്ങിപ്പോകും എന്ന് വിചാരിക്കുന്ന അബദ്ധമാണ് കർമ്മം അങ്ങനെയൊന്നും അല്ല മോക്ഷത്തിന് സഹായിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് എന്നുമ്പ് പറഞ്ഞാണ് യഥം സമസ്ത വേദാർത്ഥാന വധ കർമ്മ അധികാര ഇത്യാദി എന്നും പറഞ്ഞല്ലോ തുടക്കത്തിനിവിടെ സമ്പൂർണ്ണ വേദവും അറിഞ്ഞവനാണ് കർമ്മം ചെയ്യുന്നത് അപ്പം വേദാധ്യയനത്തിന്റെ ഫലം കർമാനുഷ്ഠാനമാണ് അതുകൊണ്ട് കർമാനുഷ്ഠാനം കൊണ്ട് മോക്ഷം സംഭവിച്ചു തന്നെ തീരണം അത് സംഭവിച്ചതല്ലെങ്കിൽ ഈ വേദം വ്യക്തമായി തീരണം എന്തുകൊണ്ട് വേദത്തിൽ നിന്നാണ് അവൻ ധരിച്ചത് കർമ്മം ചെയ്യണോ വേദ ആ കർമ്മത്തിൽ നിന്ന് നിശ്രേയസ സംഭവിച്ചില്ലെങ്കിൽ വേദം നിശ്രേയസത്തിന് കാരണമല്ല എങ്കിൽ അങ്ങനെയാണെങ്കിൽ വേദത്തെ ആസ്തികന്മാർ സ്വീകരിക്കത്തില്ല നിശ്രേയസത്തിന് കാരണമല്ലാത്ത ഒരു വേദം കൊണ്ട് എന്താ പ്രയോജനം വിദഗ്ധ സമസ്ത വേദാർത്ഥജ്ഞാനം അത് കർമാധികാരം അതുകൊണ്ട് വേദാർത്ഥ ജ്ഞാനം ഉള്ളവനാണ് കർമ്മം ചെയ്യുന്നത് അതുകൊണ്ട് മോക്ഷം എന്ന് പറഞ്ഞല്ലോ തെച്ച നാദും ശരിയല്ല ശ്രുതജ്ഞാനം പറയുന്നു വേദജ്ഞാനം എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നു ഗുരുകുലത്തിൽ പോയി വേദ അധ്യയനം ചെയ്ത് വേദമീമാംസം നടത്തുന്ന വേദജ്ഞാനം അതാണോ പറയുന്നു അതല്ല വേദജ്ഞാനം അതല്ല വേദ അധ്യയനം ചെയ്യുന്നു വേദത്തിന്റെ അർത്ഥത്താഗ്രഹിക്കുന്നു ആ വേദാർത്ഥ ജ്ഞാനത്തിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ട് ജീവാത്മ പരമാത്മേകത്വം മാത്രമല്ല അവിടെ ബോധിപ്പിക്കുന്നു ആത്മാവിന്റെ സ്വരൂപം എന്താണെന്ന് മാത്രമല്ല ബോധിപ്പിക്കുന്നു അനേക കർമ്മങ്ങൾ കാമ്യം നിഷിദ്ധം നിത്യം നൈമിത്തികം എന്നിങ്ങനെ നാനാതരത്തിലുള്ള കർമ്മങ്ങളെ ബോധിപ്പിക്കുന്നു വേദജ്ഞാനം എന്ന് പൊതുവെ പറയുമ്പോൾ കർമ്മജ്ഞാനത്തെയാണ് മീമാംസകർ ഉദ്ദേശിക്കുന്നത് അതുമാത്രമല്ല വേദജ്ഞാനം വേദജ്ഞാനം ഉപനിഷത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് പറയുന്നത് ശ്രോതവ്യോ മന്ദവ്യോ നിരുദ്ധ്യാസവ്യോ എന്നുകൂടി പറയുന്നത് അതിനൊക്കെ വേദത്തിൻ്റെ ജ്ഞാനമായിട്ട് സ്വീകരിക്കും ശ്രോതവ്യോ മന്ദവ്യോ നിധാസിതവ്യോ എന്ന് പറയുന്നത് എന്തിനെ സംബന്ധിച്ച് കർമ്മത്തെക്കുറിച്ചല്ല അത് കഴിഞ്ഞു സ്വാധ്യായോ അധീതവ്യോ എന്ന് വിധിച്ചു കഴിഞ്ഞപ്പോൾ വേദാധ്യയനം ചെയ്തു അതിൽ നിന്ന് കർമ്മജ്ഞാനമുണ്ടായി ആ കർമ്മജ്ഞാനത്തിൽ നിന്ന് കൂടുതലായും വേദത്തിൽ ശ്രവണമനന നിധ്യാസനങ്ങളെക്കുറിച്ച് പറയുന്നത് അത് ആത്മാവിനെ സംബന്ധിച്ചാണ് കർമ്മത്തെ സംബന്ധിച്ചല്ല ശ്രുതജ്ഞാനം മാത്രേണി കർമ്മതിക്രിയതേ വേദം പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവൻ കർമ്മത്തിന് തന്നെയാണ് അധികാരി അതാണ് ഗുരുകുലത്തിൽ പോയി വേദം പഠിക്കുന്നു വേദത്തിൻ്റെ അർത്ഥം മനസ്സിലായി ഉടൻ മടങ്ങി ഗൃഹത്തിലേക്ക് പോകുന്നു ഗൃഹസ്ഥാശ്രമിയാകുന്നു കർമ്മം ചെയ്യുന്നു അപ്പം വേദജ്ഞാനത്തിൻ്റെ ഫലം ഇങ്ങനെയാണ് കണ്ടുവരുന്നത് ഇത് ശരി തന്നെയാണ് വേദജ്ഞാനം വേദത്തെ അങ്ങനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് കർമ്മത്തിനേ ഉപകരിക്കത്തുള്ളൂ ഇപ്പം വേദജ്ഞാനം എന്ന് പറയുമ്പോൾ കർമ്മത്തിന് കാരണമായിരിക്കുന്ന ആ ജ്ഞാനത്തെ മാത്രം എടുത്താൽ പോകും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ വേദത്തിൽ ഒരുപാട് അറിവുകളുണ്ട് ആൾക്കാർ വേദത്തിൽ ഒരുപാട് ഗവേഷണം നടത്തുന്നു അതിൻ്റെ അകത്ത് ആറ്റിൻ പാമ്പും ഹൈഡ്രോജൻ പാമ്പും ഒക്കെ ഒളിച്ചു വച്ചിരിക്കുന്നു എന്നാ പറയുന്നു അങ്ങനെയൊക്കെ പറയുന്നുള്ളൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ സർവവിജ്ഞാനവും വേദത്തിനകത്തുണ്ടെന്ന് പറയേണ്ടി വരും വേദജ്ഞാനം എന്ന് മാത്രം പറഞ്ഞതുണ്ടായില്ല അങ്ങനെയുള്ള വേദജ്ഞാനം അത് കർമ്മത്തിന് ഉപകരിക്കുന്നതാണ് അതന്നെ ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രുതജ്ഞാനം മാത്രേണ്ണാ വേദാധ്യനം കൊണ്ട് ജനിച്ചത് കർമ്മധിക്രയെ ഒരുവിനെ കർമ്മത്തിന് പ്രാപ്തനാക്കുന്നു ഉപാസനാം അപേക്ഷതയെ അവിടെ അത് ഉപാസനയെ അപേക്ഷിക്കുന്നില്ല അജ്ഞാനം കർമ്മം ഈ രണ്ട് ഭാഗത്തിലായി നിൽക്കുന്നു ഉപാസന എന്ന് പറഞ്ഞാൽ ഇവിടെ നിതിധ്യാസൻ അവിടേക്കൊന്നും വരുന്നില്ല ഉപാസനം ച ശ്രുതജ്ഞാനാത് അർത്ഥാന്തരം വിധീയതയും മോക്ഷഫലം അത് കഴിഞ്ഞവിടെ ശ്രുതവ്യോ മന്ദവ്യോ പറയും അത് കർമ്മത്തിനു വേണ്ടിയല്ല അത് മോക്ഷത്തിന് വേണ്ടിയാണ് അപാസനം ച ശ്രുതജ്ഞാനാത് അർത്ഥാന്തരം വിധേയത ശ്രുതജ്ഞാനത്തിൽ നിന്നെന്താണ് ലഭിച്ചത് കർമ്മം അതിൽ നിന്നും അർത്ഥാന്തരം മറ്റൊരു വസ്തുവിനെയാണ് അത് ബോധിപ്പിക്കുന്നതെന്താണ് മോക്ഷമാകുന്ന ഫലത്തെ അർത്ഥാന്തര പ്രസിദ്ധി ശ്രോതഭ്യയത്തി വ്യതിരേകേണ മന്ദം നിധ്യാസിതീതി യത്നാന്തര വിധാനോ പ്രസിദ്ധ ശ്രവണാന്തരത്വം ഇവിടെ രണ്ടു കാര്യങ്ങളാണ് പറയുന്നത് ഒന്നെന്താണ് ശ്രുതജ്ഞാനം ശ്രവണജന്യമായ ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനമായിരിക്കണമെന്നില്ല കാരണം വേദം നാനാ വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട് എവിടെയുണ്ട് ഈ ശ്രുതജ്ഞാനം ശ്രവണം കൊണ്ടുണ്ടാകുന്ന ജ്ഞാനം അതല്ലേ വേദം പഠിക്കുന്നവനെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് പൗരോഹിത്യത്തിന് പോകുന്നു വേദജ്ഞാനം ഉണ്ടാത്തുകൊണ്ടാണ് അതും ശ്രുതജ്ഞാനമാണ് പക്ഷേ അത് പൂർണ്ണമായ വേദജ്ഞാനമല്ല എന്തുകൊണ്ട് ശ്രോതവിത്യുക്വാ ശ്രോതവ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം തത് വെതിരെയാണ് മന്ദവ്യോ നിധ്യാസിതവ്യോ ഇത് യത്നാന്തര വിധാനാണ് ശ്രവണത്തിൽ അത് അവസാനിക്കരുത് മനന നിധ്യാസനങ്ങൾ ചെയ്യണം എന്ന് വീണ്ടും യത്നത്തെ വിധിച്ചിരിക്കുകയാണ് കർമ്മത്തെ അല്ല വിധിച്ചത് അപ്പോൾ അവിടെ കർമ്മത്തിന് വേണ്ടിയുള്ള ഒരു ശ്രവണം അത് വേറെ മനനനിധ്യാസനങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രവണം വേറെ അതുകൊണ്ട് ശ്രവണജ്ഞാനാ അർത്ഥാന്തരത്വം അപ്പോൾ ഈ ശ്രവണജ്ഞാനത്തിൽ നിന്ന് അർത്ഥാന്തരവും വേറെ അർത്ഥങ്ങളുമുണ്ട് എന്താണ് മനനനിധ്യാസനങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താണ് ഒന്ന് വേദത്തെ അധ്യയനം ചെയ്യുന്നു ശ്രവണമാണ് കർമ്മത്തിന്റെ ജ്ഞാനം ഉണ്ടാകുന്നു കർമ്മം ചെയ്യുന്നു അതൊന്നു മറ്റൊന്ന് വേദാധ്യയനം ചെയ്യുന്നു ഉപനിഷത്താധ്യയനം ശ്രവണം അവിടെ മനനനിധ്യാസനങ്ങൾ വേറിട്ട് ഇത് രണ്ടും രണ്ടാണ് ഒരിടത്ത് ശ്രവണത്തിൽ നിന്ന് കർമ്മത്തിലേക്ക് പോകുന്നു അതേ വേദത്തിന്റെ തന്നെ ശ്രവണം മനനനിധ്യാസനങ്ങളിലേക്ക് പോകുന്നു പിന്നെ രണ്ടും വേറൊരു മനസ്സിലാക്കണം ഹി വിദ്യപേക്ഷ കർമ്മഭ്യമോ അപ്പോൾ അതുകൊണ്ടെന്താണ് വേദ അധ്യയനം ചെയ്തു വേദത്തിൻ്റെ ജ്ഞാനം ഉണ്ടായി അതുകൊണ്ടൊരാൾ മനനനിധ്യാസങ്ങളിൽ പ്രവർത്തിക്കണമെന്നില്ല മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നില്ല അതാണ് നമ്മൾ കാണുന്നതും വേദം എല്ലാം അധ്യയനം ചെയ്തതിനു ശേഷം അത് ഒരു ഉപജീവന മാർഗമായി സ്വീകരിച്ച് അതുകൊണ്ട് ജീവിക്കുന്നു മനുഷ്യ കർമ്മം ചെയ്യുന്നു ചെയ്യിപ്പിക്കുന്നു ഇത് ഇതും വേദശ്രവണത്തിന്റെ ഫലമാണ് ഇവിടെ ഭാഷകാലം പറയുന്നു അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു ഇവിടെ വേദശ്രവണം മനന ഇതിഹാസനങ്ങളിലേക്ക് നയിക്കുന്ന വേദശ്രവണം അത് മോക്ഷത്തിലേക്ക് നയിക്കുന്നു അത് കർമ്മത്തിലേക്കല്ല നയിക്കുന്നത് അതാണിവിടെ പറയുന്നത് അതുകൊണ്ട് കർമ്മം കൊണ്ട് സാധ്യമല്ല വേദാധ്യനത്തിന് ശേഷം കർമ്മം കർമ്മത്തിന് ശേഷം മോക്ഷം അങ്ങനെ സംഭവിക്കത്തില്ല അങ്ങനെയാണെങ്കിൽ ഏവന്തർ ഹി വിദ്യാ സവ്യപേക്ഷ കർമ്മഭ്യസാൻ മോക്ഷം ശരി ജ്ഞാനവും കൊണ്ട് കർമ്മമുണ്ട് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ജ്ഞാനം കൊണ്ട് നമ്മൾ കർമ്മവും ചെയ്യുന്നു രണ്ടും കൊണ്ടാകും ഇല്ല വിദ്യാസൈതാനിന്റെ കർമ്മണാം ഭവേ കാര്യാന്തരാരംഭ സാമർഥ്യം എന്തുകൊണ്ടങ്ങനെ പറയുന്നു കാരണം കേവലം കർമ്മം അനുഷ്ഠിക്കുന്നത് കൊണ്ട് മോക്ഷം കിട്ടില്ലാന്ന് പറഞ്ഞു കാരണം കർമ്മഫലം അനിത്യമാണ് മോക്ഷം നിത്യമാണ് അനിത്യമായത് കർമ്മഫലത്തിന്റെ ഫലം അനിത്യമായതാണ് നിത്യമായ മോക്ഷം അനിത്യമായ കർമ്മം കൊണ്ട് സാധ്യമല്ല അങ്ങനെയാണെങ്കിൽ പറയുന്നു ജ്ഞാനസഹിതമായ കർമ്മം കൊണ്ടെന്തുകൊണ്ട് മോക്ഷമായി കൂടാതരാരംഭ സാമർഥ്യ എങ്ങനെ യഥാസ്വതോ മരണജുരാദി കാര്യാരംഭസമൃ സാമർഥ്യാനി വിഷദ്യാദീന മന്ത്രശർക്കരാദി സംയുക്താനാം കാര്യാന്തരാരംഭ സാമർഥ്യം ശരി കർമ്മം ബന്ധ കാരണമാണ് അതായിക്കോട്ടെ പക്ഷെ വിദ്യ ഞാനും കൂടിച്ചേർന്നാലത് മോക്ഷത്തിന് ഉപകരിക്കും എന്ന് ഏതുപോലെ മരണം അതിന് കാരണമാണ് വിഷ ജ്വരം അതിന് കാരണമാണ് ദധി തൈരും മറ്റും ആ സമയത്ത് അത് ഉപയോഗിച്ച് മറ്റും പിടിപെടും വിഷം കഴിച്ചു കഴിഞ്ഞാൽ മരിക്കും പക്ഷേ മന്ത്ര ശർക്കരാതി സംയുക്ത മരണകാരണമായിരിക്കുന്ന വിഷം തന്നെ മന്ത്ര സംയുക്തമായി കഴിഞ്ഞാൽ അത് തന്നെ ഔഷധമായി മാറുന്നു അതുപോലെ ദധിയും മറ്റും ശർക്കര തുടങ്ങിയ വസ്തുക്കളോട് ചേർത്ത് അതിനെ തന്നെ ഔഷധമായി മറ്റുപയോഗിക്കുന്നു പനിയെ പനിക്ക് അതുതന്നെ മറു മരുന്നായിട്ട് ഉപയോഗിക്കുന്നു ഏതാണോ പനിക്ക് കാരണമായിരിക്കുന്നത് അതുതന്നെ മറ്റു വസ്തുക്കളോട് കൂടി ചേരുമ്പോ അത് മരുന്നായിരിക്കുന്നത് വിഷം മരണത്തിന് കാരണമാണ് അതേ വിഷം തന്നെ മന്ത്രസംയുക്തമായി തീരുമ്പോൾ അവന മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു കാര്യാന്തരാരംഭ സാമർഥ്യം ഏവം വിദ്യാസീത ഈ കർമ്മക്ക് മോക്ഷം ആരഭ്യതയിരിക്കുന്നത് അതുപോലെ ഞാൻ സഹിതമായ കർമ്മം കൊണ്ട് മോക്ഷമെന്ന് പറഞ്ഞാലോ നരംഭസ്യനിത്യത്യത്വ ദോഷ പറഞ്ഞു അത് സമാനം പറഞ്ഞത് എന്തായാലും കർമ്മത്തിന്റെ ഫലമായി നിങ്ങൾക്ക് അനിത്യമേ കിട്ടത്തുള്ളൂ നിത്യം കിട്ടത്തില്ല മോക്ഷം നിത്യമാണ് കർമ്മഫലം ജന്യമായതുകൊണ്ട് അനിത്യമാണ് അതുകൊണ്ട് അത് മോക്ഷമാകത്തില്ല വചനാദാരഭ്യോഭിനിത്യെ വേദിച്ച് എന്ന് വേദം പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അത് സംഭവിക്കണം എന്ന് പറഞ്ഞാലോ വേദം പറഞ്ഞിരിക്കുന്നു ജ്ഞാനത്തെയും കർമ്മത്തെയും എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമുണ്ടല്ലോ പൂർവ്വകാന്ഡം കർമ്മകാന്ഡം ഉത്തരകാണ്ഡം സമ്പൂർണ്ണ വേദവും പ്രമാണമാണ് അതുകൊണ്ട് കർമ്മവും ജ്ഞാനവും കൊണ്ട് മോക്ഷം വേദം പറഞ്ഞാൽ അത് സംഭവിച്ച തീരവും മോക്ഷം സംഭവിക്കണം വചനാ ആരഭ്യോ നിത്യവ അതുകൊണ്ട് അതിൻ്റെ ഫലമായി വരുന്ന അത് നിത്യം തന്നെയാകണം കർമ്മഫലമായി വരുന്ന മോക്ഷം നിത്യമാകണം അല്ലെങ്കിൽ കർമ്മത്തിന്റെ ഫലമായും നിത്യമായ മോക്ഷം വരാം വേദം വിരിച്ചുകൊണ്ടെന്ന് പറഞ്ഞാലോ ഞാപകത്വ വചനസ്യ അത് വേദത്തെ സംബന്ധിച്ച് പൊതുവെ പറയുന്നതാണ് വചനം ജ്ഞാപകം അത് കാരകം ആവർത്തിച്ച് ആവർത്തിച്ച് പറയും വേദം വിധിക്കുന്നു അതുകൊണ്ട് അത് സംഭവിക്കുന്നു എന്നല്ല പറയുന്നത് എന്താണോ സംഭവിക്കേണ്ടത് അതിനെ വേദം വെളിപ്പെടുത്തുന്നു ഇത്രയും വേദത്തിന് ചെയ്യാനുള്ളൂ വേദം കാരകമല്ല ശബ്ദം കാരകമല്ലാപകമാണോ ലളിതമായി മനസ്സിലാക്കിയാൽ ഭക്ഷണം ഭക്ഷണം എന്ന് പറഞ്ഞാൽ വയറും നിറയത്തില്ല എന്തുകൊണ്ട് വചനം കാരകമല്ല ഞാപകമാണ് ഭക്ഷണമെന്ന് പറഞ്ഞാൽ ഭക്ഷണത്തെ കുറിച്ചുള്ള അറിവുണ്ടാകും ഇത്ര ഇത്ര മാത്രം വചനത്തിന് അത്ര ചെയ്യാൻ പറ്റും അത് കാരകമല്ല എങ്ങനെയാ അതിന് ഉള്ളിൽ ഭക്ഷണത്തെ നിറച്ച് വിശത്തിനെ മാറ്റാനൊന്നും അതിന് കഴിയത്തില്ല അത് വേദം ശബ്ദാത്മകമാണ് ശബ്ദം എപ്പോഴും ഞാപകമാണ് കാരകമല്ല വേദം പറയുന്നു സ്വർഗമുണ്ട് എന്ന് പറഞ്ഞാൽ വേദം സ്വർഗത്തെ സൃഷ്ടിക്കുക വേദം പറയുന്നു ആത്മാവുണ്ട് ബ്രഹ്മമുണ്ട് ബന്ധനമുണ്ട് മോക്ഷമുണ്ട് അതിനെയൊക്കെ ജ്ഞാപിപ്പിക്കുകയാണ് ബോധിപ്പിക്കുകയാണ് അല്ലാതെ വേദം ഇതൊന്നും ഉണ്ടാക്കുന്നില്ല മോക്ഷത്തെ ഉണ്ടാക്കുന്നുണ്ട് അത് ആത്മാവിനെ സൃഷ്ടിക്കുന്നില്ല ബന്ധനത്തെ ഉണ്ടാക്കുന്നില്ല എന്നും കർമ്മത്തെ പോലും ഉണ്ടാക്കുന്നില്ല കർമ്മത്തെ അത് വെളിപ്പെടുത്തുകയാണ് അത് സൃഷ്ടിച്ച കൊണ്ടവിടെ അതിനെ വെളിപ്പെടുത്തുന്നു ജ്ഞാപകമാണ് കാരകമല്ല ഞാപകത്വ വചനസ്യം അതുകൊണ്ടാണ് വേദം കൊണ്ട് മോക്ഷം കിട്ടത്തില്ലെന്ന് പറയുന്നത് വേദം കൊണ്ട് മോക്ഷസാധ്യമല്ല എന്ന് പറഞ്ഞ് വേദത്തെ നിഷേധിക്കാറുണ്ടല്ലോ അതിന് ഒരു ഹേതു ഇതാണ് എന്താണോ വേദത്തിന് മോക്ഷത്തെ ഉണ്ടാക്കാൻ കഴിയും എന്താ ശബ്ദമാണോ ശബ്ദമത് ജ്ഞാപിപ്പിക്കുന്നു അത് കാരകമല്ല വചനം യഥാഭൂത അർത്ഥ ജ്ഞാപകം നവിദ്യമാനസെ കളത്ത് വചനം ഇവിടെ പറയുന്ന വേദവാക്യം അതെന്താണോ യഥാഭൂത സത്യസ്യ അർത്ഥ്യ വസ്തുവിന്റെ ജ്ഞാപകം അതിനെ ബോധിപ്പിക്കുന്നു ബ്രഹ്മം അങ്ങനെ ഒന്നുണ്ട് അതിനെ ജീവനെ ബോധിപ്പിക്കുന്നു അല്ലാതെ ബ്രഹ്മത്തെ ഉണ്ടാക്കുകയും മോക്ഷത്തെ ഉണ്ടാക്കിയൊന്നും വേദം ചെയ്യുക നാവിദ്യമാനസ്യ കർത്തൃ ഇല്ലാത്തതിനും ഇത് പൊതുവേ വചനത്തിന്റെ ഒരു സ്വഭാവമാണ് അത് ജ്ഞാപകമാണ് അത് കാരകമല്ലേനാവി നിത്യം ആരഭ്യത ഇനി നൂറ് വേദം പറഞ്ഞാലും ശരി നിത്യമായതുണ്ടാകത്തില്ല ആരബ്ധ അവിനാശി ഉണ്ടായത് നശിക്കാതെ ഇരിക്കത്തില്ല വേദം പറഞ്ഞെന്ന് വിചാരിച്ച് അസംഭവമായതൊന്നും സംഭവിക്കത്തില്ല എന്നാണ് ഈ പാത്രം വസ്ത്രമാണ് എന്ന് വേദം പറഞ്ഞാൽ അതിന് സ്വീകരിക്കാൻ കഴിയത്തില്ല പല ഭാഗത്തും ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പൊ വേദം എന്തെങ്കിലും ഇവിടെ സൃഷ്ടിച്ചുവെന്നൊന്നും കരുതല എന്താണോ ഉള്ളത് അതിന് വേദം ബോധിപ്പിക്കുന്നു അതുകൊണ്ട് വേദത്തിന് പറയാൻ കഴിയത്തില്ല കർമ്മഫലമായ മോക്ഷനിത്യമാണ് അതിൽ കർമ്മം കൊണ്ട് നിത്യമായ ഒരു മോക്ഷത്തെ സൃഷ്ടിച്ചു തരാനൊന്നും വേദത്തിന് കഴിവില്ല ഏതന്നെ വിദ്യാകർമ്മോഹോ സംഹേതോർ മോക്ഷാരംഭകത്വം പ്രക്തിത്വം ഇതുകൊണ്ട് എന്താണ് വിദ്യാകർമ്മങ്ങൾ ഒരുമിച്ച് ചേർന്ന് മോക്ഷത്തിന് ഉണ്ടാക്കുമെന്നുള്ളതും നിഷേധിച്ചു ഇത്രയും പറഞ്ഞതുകൊണ്ട് മൂന്നാമത്തെ പ്രശ്നമാണ് വിദ്യയും കർമ്മവും ചേർന്ന് മോക്ഷത്തിനുണ്ടാക്കും വിദ്യാകർമ്മണി മോക്ഷപ്രതിബന്ധ ഭേദം വിടുത്തുകയിൽ എന്തുകൊണ്ട് സാധ്യമായി കൂടാ മോക്ഷത്തെ ഉണ്ടാക്കുന്നില്ല പക്ഷേ വിദ്യയും കർമ്മവും ചേർന്നിട്ട് മോക്ഷത്തിന്റെ പ്രതിബന്ധങ്ങളില്ലാതാക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിലർ പറയാറുണ്ട് മോക്ഷം എന്താണ് കർമ്മങ്ങൾ ഒടുങ്ങുമ്പോൾ മോക്ഷം ജന്മം ഒടുങ്ങുമ്പോൾ മോക്ഷം മോക്ഷത്തിന് എന്തൊക്കെയാണോ തടസ്സമായിരിക്കുന്നത് അതൊക്കെ ഒടുങ്ങുമ്പോൾ മോക്ഷം അങ്ങനെയാണ് മോക്ഷം സംഭവിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് അതിനെ നിഷേധിക്കുന്ന കർമ്മ ഫലാന്തര ദർശന കർമ്മത്തിന് വ്യക്തമായി ഫലത്തെ വേദത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാ കർമ്മം കൊണ്ട് മോക്ഷമെന്ന് ഇങ്ങനെ പറയാൻ കഴിയും സ്വർഗാദി ഫലങ്ങൾ അവിടെ പറയുന്നുണ്ട് ഉത്പത്തി ആപ്തിയോ ഹി ഫലം കർമ്മണോ ദൃശ്യത വേദത്തിന് കർമ്മത്തിന്റെ ഫലത്തെ നാല് പറയുന്നു ഉത്പത്തി സംസ്കാരം വികാരം ആപ്തി ദൃശ്യത ഉത്പത്തിയാദിഫല വിപരീത മോക്ഷം ഉത്പത്തിയാദി ഫലത്തിന് വിപരീതമാണ് മോക്ഷം ഉത്പത്തി കർമ്മഫലത്തിന് വൈദികമായ ഉദാഹരണങ്ങൾ കൊടുക്കുന്നു ഈ പറയുന്നതൊക്കെ വേദത്തെ സംബന്ധിച്ചാണ് ലൗകികമായ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അവിടെ യാഗത്തിന് വേണ്ടി ഹവിസ് ഉണ്ടാക്കുന്നു ഹവിസ് എന്ന് പറയുന്നത് ഒരു കർമ്മത്തിൻ്റെ ഫലമാണ് അധ്വാനിച്ചാണല്ലോ അതുണ്ടാക്കിയത് അത് ഉത്പത്തിക്കൊരു ഉദാഹരണം സംസ്കാരം വൃഹി വിസായി അർപ്പിക്കേണ്ട ഹവിസും മറ്റും എന്താണ് മന്ത്രോച്ചാരണത്തോടു കൂടി അതിനെ പവിത്രമാക്കുന്നു അദൃഷ്ടത്തെ ഉണ്ടാക്കുമെന്നാണ് ഈ മാംസത്തില് പറയുന്നത് സംസ്കാരിയം അനുസംസ്കരിക്കുന്നു വയലിൽ നിന്ന് കൊയ്തുകൊണ്ടുവരുന്ന വൃ നെല്ല് അതേപടി യാഗത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് ഫലമുണ്ടാകത്തില്ല അപൂർവം ഉണ്ടാകത്തില്ല പിന്നെന്ത് ചെയ്യണം അതിനെ മന്ത്രം ചെയ്ത് ജലം പ്രോക്ഷിച്ച് ശുദ്ധമാകും അപ്പൊ അതിൽ പ്രത്യേക അദൃഷ്ടമുണ്ടാകും ചെയ്യുന്നവന് അപ്പൊ അങ്ങനെ വ്രീഹിയെ സംസ്കരിച്ച് സംസ്കാരികമായ വ്രീഹി ലഭിക്കുന്നതാണ് സംസ്കാരത്തിന് ഉദാഹരണം വികാരം പറയുന്നു പാല് തൈരാകുന്നത് വികാരത്തിനുദാഹരണമാണ് സോമലത ി അതിന്റെ രസത്തെ എടുക്കുന്നത് വികാരത്തിനുദാഹരണമാണ് കർമ്മം കൊണ്ടുവരുന്നതാണ് ആപ്തി പശുവിനെ കർന്ന് പാലെടുക്കുന്നത് ആപ്തി പ്രാപ്തിക്ക് ഉദാഹരണമാണ് ദം വൈദികമായ കർമ്മങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അങ്ങനെ എവിടെ തന്നെ കാണുന്നു ഉത്പത്തി സംസ്കാരം വികാരം ആപ്തി എന്നിങ്ങനെ കർമ്മത്തിന്റെ ഫലം കാണുന്നുണ്ട് ഇത് പൂർവ്വമീമാംസി ചർച്ച ചെയ്യുന്ന കാര്യമാണ് വൈദിക കർമ്മങ്ങളോട് ബന്ധപ്പെടുത്തി ഉള്ള കാര്യങ്ങളാണ് ഇതൊന്നും മോക്ഷത്തെ സംബന്ധിച്ചില്ല ഉത്പത്തിയാദിഫല വിപരീത മോക്ഷം ഇതെല്ലാം വിപരീതമാണ് വ്യതിശ്രുതരാപ്യവേദി സൂര്യദ്വാരേണ തയൂർദ്ധുമായ നിത്യോമാതിശ്രുതിഭ്യ പ്രാപ്യവും മോക്ഷ ഇതി ചെയ്ത് പക്ഷേ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷത്തെ പ്രാപ്യം എന്നെന്തുകൊണ്ട് സ്വീകരിച്ചോളൂ ആപ്യംന്ന് പ്രാപ്യം കർമ്മം കൊണ്ട് പ്രാപ്യമാണ് നമ്മൾ പറയാറുണ്ടല്ലോ നമ്മുടെ ഗുരു കണ്ണടച്ചിരുന്നു അവസാനം ശിരസിലൂടെ ആ ആത്മാവ് പോയി സൂര്യമണ്ഡലത്തെയൊക്കെ ഭേദിച്ച് ബ്രഹ്മലോകത്തിലെത്തിച്ചേർന്നു എന്നും മറ്റും പറയുന്നുണ്ടല്ലോ അപ്പം മോക്ഷാപ്യമാണല്ലോ ഒരു സ്ഥലത്തു വേറെ സ്ഥലത്തേക്ക് പോകുന്നതാണല്ലോ പറയുന്നു സൂര്യദ്വാരേണ തയോർദ്ധുമായ ആ നാടിയിലൂടെ ഊർജ്ജലോകത്ത് പ്രാപിച്ച് നിത്യവമാതി ഗതിശ്രുതി ഗതിശ്രുതി മരണശേഷം ജീവൻ ഉത്ക്രമണ സംഭവിക്കുന്നു അതുകൊണ്ട് പ്രാപ്യമോക്ഷം ഇത് ചെയ്യുന്ന സർവഗതത്വാൽ ഗന്ധിശ്ചാനന്യത്വാ ആകാശാദി കാരണത്വാൽ സർവഗതം ബ്രഹ്മ ബ്രഹ്മ സർവവ്യാപകമാണ് അത് ബ്രഹ്മലോകത്തിനോണ്ട് ഇവിടെയും കിട്ടും ജീവശരീരത്തിനുമുണ്ട് പ്രപഞ്ച ശരീരത്തിനും അതുണ്ട് അങ്ങനെയുള്ള ആ ബ്രഹ്മം ആത്മാവ് ഇത് ഒരു സ്ഥലത്തു നിന്നിങ്ങനെ വേറെ സ്ഥലത്തേക്ക് പോകും സർവതലത്വം ഗന്ത്രഭിശ്ചാനന്യത്വം പോകുന്നവനിൽ നിന്നത് വേറെ ലനന്യമാണ് പോകണമെങ്കിൽ പോകാനൊരിടം വേണം പോകുന്നവനും എത്തിച്ചേരുന്ന ഇടവും ഒന്നായി കഴിഞ്ഞാൽ എങ്ങനെ പോകും ഇത് അതിസാധ്യമല്ല അദ്വൈതത്തിൽ ഗതിസാധ്യമല്ല അനന്യത്വ ഗന്ധവ്യമായിരിക്കുന്ന സ്ഥലം ഗന്ധാവിൽ നിന്നും അനന്യമാണ് അഭിന്നമായിരിക്കുന്നു അത് ഇവിടെ പോക്ക് വരുമൊന്നുമില്ല ആകാശാദി കാരണത്വം അതിവിടെ പോകാനാണ് പിന്നെ നമ്മൾക്ക് പോകാൻ ഇടം നോക്കിക്കഴിഞ്ഞാൽ ഭൂമി പരിമിതമാണ് പിന്നെ ഉള്ളത് ആകാശമാണ് മേളോട്ട് മേളോട്ട് പോയാൽ എവിടെ ചേർന്നു ഇത് അങ്ങനെ പോയി മേള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെയ്യുന്നു ദ്ലോകത്തിൽ അവിടെ പോയിരിക്കാനുള്ളതല്ല എന്തുകൊണ്ട് ഇതിനും കാരണമായിരിക്കുന്നതാണ് ആകാശാദി കാരണമാണ് ഈ ഗന്ധാ ആകാശത്തിനും കാരണമായിരിക്കുന്നവൻ ഈ ആകാശത്തിൽ അവിടെ പോയിരിക്കാനാണ് സർവഗതം ബ്രഹ്മ അതാണ് ബ്രഹ്മം അതാണ് നിന്റെ സ്വരൂപം സർവവ്യാപകമാണ് അതുകൊണ്ട് മോക്ഷത്തിൽ ഇത്തരത്തിലുള്ള പോക്ക് വരവെന്നും തിരിക്ത സർവേ വിജ്ഞാനാത്മന എല്ലാ വിജ്ഞാനാത്മാക്കളും ജീവന്മാരും ബ്രഹ്മഭ്യതിരിക്തം ഇവിടെ പറയുന്ന ഗന്ധവ്യമായിരിക്കുന്ന ആ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടല്ല അത് തന്നെയാണ് അവനോട് ഗമനാഗമനം ഇല്ല അതോ നാം ആപ്യോ മോക്ഷ അതുകൊണ്ട് മോക്ഷത്തെ ആർക്കും പോയി പ്രാപിക്കാൻ കഴിയത്തില്ല ഗന്ധുര അന്യൻ വിഭിന്നദേശന്റെ ഭൗതി ഗന്ധവ്യം പോകേണ്ടതാണെങ്കിലോ ആ പോകുന്നവനമായിരിക്കണം മറ്റൊരു സ്ഥലത്തുമായിരിക്കണം അത് വേണമല്ലോ ഇവിടെ നിൽക്കുന്നവന് എത്തിച്ചേരാൻ മറ്റൊരു സ്ഥലം വേണം ഇവിടെ തന്നെ എത്തിച്ചേരേണ്ട ആവശ്യമില്ല ഇവിടെ എത്തിയിരിക്കയാണ് അതുകൊണ്ട് മോക്ഷം എന്ന് പറയുന്നത് എവിടെയെങ്കിലും എത്തിച്ചേരുന്ന അല്ലേ അമ്മ്യതിരിതം എത്തേനിയതേ നീ നിന്നോട് അഭിന്നനാണെങ്കിൽ നിനക്ക് നിന്നിൽ എങ്ങനെ എത്തിച്ചേരാൻ കഴിയും അതിന്റെ ആവശ്യമില്ല നീ അവിടെ തന്നെയാണ് പറയുന്നത് വ്യതിരിക്തം നീ നിന്നിൽ നിന്ന് ഭിന്നമല്ലെങ്കിൽ എങ്ങനെ നിനക്ക് നിന്നിലേക്ക് പോകാൻ കഴിയും ഇല്ല അതുകൊണ്ട് ഉച്ചയിലൂടെ കടന്നുപോയി എന്നുള്ള പറയുന്നത് അല്ല മോക്ഷം ഇവിടുത്തെ മോക്ഷം തത് അനന്യത്വ പ്രസിദ്ധിശ്ചാ ത സൃഷ്ട അത് അനന്യമാണെന്നുള്ളതിനും ഇവിടെ തന്നെ പറയുന്നുണ്ടാണ് അവൻ അവനെ തന്നെ സൃഷ്ടിച്ചിട്ട് അവൻ അവനിൽ തന്നെ പ്രവേശിച്ചു എന്നൊക്കെ പറയുന്നു ഇതൊന്നും രണ്ടിനെ കാണിക്കുന്നില്ല ക്ഷേത്രജ്ഞം ചാഭിമാമിദ്ധി ഭഗവാൻ ഗീതലും പറയുന്നു ക്ഷേത്രജ്ഞം ഞാൻ തന്നെയാണ് ഇത് ആദിശ്രുതി സ്മൃതി ശതേഭ്യ ഇങ്ങനെ നൂറുകണക്കിന് ശ്രുതിയും സ്മൃതിയും ധരിക്കാം അതുകൊണ്ട് ഗമനാഗമനമില്ല മോക്ഷത്തിൽ ഗത്യശ്വര്യാധിശ്രുതി വിരോധയിച്ച് അതെങ്ങനെ പറയാൻ കഴിയും ശ്രുതി തന്നെ പറയുന്നില്ലേ ഗതിയെക്കുറിച്ച് അവിടെ പ്രാപിക്കുന്ന ഐശ്വര്യങ്ങളെക്കുറിച്ച് ഇതെല്ലാം ശ്രുതി പറയുന്നുണ്ടല്ലോ ഇതിൻ്റെ ഗതിയില്ല എന്നിങ്ങനെ പറയാൻ പറ്റും അത് കേട്ടിട്ടാണല്ലോ പറഞ്ഞത് എൻ്റെ ഗുരു അങ്ങനെ ഗമിച്ചു എന്തുകൊണ്ട് ശ്രുതി പറഞ്ഞിരിക്കുന്നു അങ്ങനെ വേറൊരു ലോകത്ത് പോകും അതുകൊണ്ട് ഞാനും പറയുന്നു എന്റെ ഗുരുവും പോയി എന്ന് പറയുന്നു പറയുന്നു അതുകൊണ്ട് അത് സ്വീകരിച്ചാൽ മതിയാകുന്നതാണെങ്കിലോ അപ്രാപ്യമോക്ഷതാഗതി ശ്രുതി നാം സയുഗത സി പിതൃലോകാമോ ഭവതി സ്ത്രീഭർവ്യാനേർവാ ഇത്യാദിശ്രുതീനാം ഇതെല്ലാം ശ്രുതി തന്നെ പറയും യദ്യപ്രാപ്യ മോക്ഷ സാധത നിങ്ങൾ പറയുന്നത് പോലെ മോക്ഷം പ്രാപ്യമല്ല ഈ ശ്രുതിയുടെ കഥ എന്താണ് യതിശ്രുതി എന്ന് പറയുന്ന സാ ഈ കഥ അവൻ ഒന്നായിരിക്കുന്നു ഈ മൂർധാവിനൂടെ സഞ്ചരിച്ചവൻ വേറെ എവിടെ എത്തിക്കഴിഞ്ഞാൽ അവന് ഒന്നാകാനും പലതാകാനും സൈദി പിതൃലോകാമോ ഭൗതിവൻ പിതൃലോകത്തെ കാമിക്കുകയാണെങ്കിൽ അവിടെ പോകും ദേവലോകത്തെ കാമിച്ചാൽ അവിടെ പോകും സ്ത്രീധ്രുവാനീർ വ അങ്ങനെ ഒരു മറു ലോകത്ത് ചെല്ലുന്നു അവിടെ അപ്സരസുകളുണ്ട് വിശിഷ്ടങ്ങളായ യാനങ്ങൾ വാഹനങ്ങളുണ്ട് സുഗന്ധങ്ങളുണ്ട് അമൃതമുണ്ട് പരമസുഖമാണ് എന്നെല്ലാം ശ്രുതി പറയുന്നുണ്ടെന്ന് വെച്ചാൽ ശ്രുതിനാ ചോപഹസ്യ അതിനെല്ലാം വിരോധം വരുന്നുണ്ട് അവരുടെ മോക്ഷ നിൽഗതിയില്ല എന്നങ്ങനെ പറയാൻ പറ്റും മോക്ഷം പ്രാപ്യമല്ല എന്ന് പറയാൻ പറ്റും പറയുന്നു ശരില്ല കാര്യബ്രഹ്മവിഷയത്വസാ പറയുന്നു ഈ പറഞ്ഞിരിക്കുന്ന മോക്ഷത്തെക്കുറിച്ചല്ല ഉപാസനയുടെ ഫലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ശ്രോതമായ ഉപാസനകൾ അനുഷ്ഠിക്കുന്നവർ ആ ഉപാസനയുടെ ഫലമായി ഹിരണ്യഗർഭലോകത്തെ പ്രാപിക്കുന്നുവെന്നേ പറഞ്ഞുള്ളൂ ഇവിടെ നിത്യമായ മോക്ഷത്തെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത് അത് മോക്ഷം തന്നെയാണ് ഇതിനെ അപേക്ഷിച്ച് അത് പരമമായ മോക്ഷമില്ല പരമമായ മോക്ഷത്തിൽ ഗതിയില്ല പ്രാപ്തിയില്ല അവന്റെ പ്രാണൻ ഉത്രിമിക്കുന്നില്ല കരി ഹി ബ്രഹ്മണി സ്ത്രീസു എന്ന കരണേ ആ കരിബ്രഹ്മത്തിൽ ഹിരണ്യഗർഭലോകത്തിലാണ് ഈ പറഞ്ഞ അപ്സരസും മറ്റും അല്ലാതെ കാരണ ബ്രഹ്മത്തിലല്ല ഏകമേവാദ് ശ്രുതികളും മനസ്സിലാകും ഗതിശ്രുതികളെ മാത്രം മനസ്സിലാക്കിയ പോലെ ഇവിടെ എന്താ പറയുന്ന ഏകമേവാദ്ധിതീയം എത്ര നാന്യത് പശ്യതി ഏതൊരവസ്ഥയിലാണോ മറ്റൊന്നിനോ കാണാതിരിക്കുന്ന തത്കേനകം പശീ ആ തൂപസ്ഥിതനായവൻ എന്ത് കർമ്മം കൊണ്ട് ആരെ കാണും അവൻ എങ്ങനെ ദുരിതത്തെ അനുഭവിക്കും അവൻ താനല്ലാതെ മറ്റൊന്നുമില്ല വിദ്യാതിശ്രഥ്യ വിരോധാശ്രവിദ്യ കർമ്മണോ സമുച്ചയം സത്യ അതുകൊണ്ടിത് പരസ്പര വിരുദ്ധമായ കാര്യമായതുകൊണ്ടും വിദ്യയെയും ജ്ഞാനത്തെയും കർമ്മത്തെയും സമുച്ചയിക്കാൻ സാധ്യമല്ല പ്രബലീന കർത്രാധികാരക വിശേഷ തത്വവിഷയായി വിദ്യ വിദ്യ എന്താണ് കർത്രാദി കാരകഭേദങ്ങളെ ബാധിക്കുന്നതാണ് അല്ലെങ്കിൽ നിഷേധിക്കുന്നതാണ് അതാണ് പ്രവിലീന കർത്രാതി കാരകവിശേഷ പ്രവിലീനമായ ബാധിക്കപ്പെട്ടതായ കർത്ത കാരകം തുടങ്ങിയ വിശേഷം അതുള്ളതാണ് വിദ്യ വിദ്യയിൽ കർത്തൃത്വം അല്ലെങ്കിൽ കാരകത്വം അതെല്ലാം ഇല്ലാതാകുന്നു തദ്വിപരീത കാരക സ്വാധീന കർമ്മണാ വരുത്തേത് തദ്വിപരീതമാണെന്ന് കാരക സാധ്യമായ കർമ്മം കാരകങ്ങൾ വേണം ചെയ്യുന്നവൻ വേണം കർത്താവ് വേണം വ്രീഹിയവാദി കർണങ്ങൾ വേണം യാഗം കർണമാണ് അതെല്ലാം കൊണ്ട് നിഷ്പന്നമാകുന്നതാണ് കർമ്മം കർമ്മം കാരകസാധ്യം തത്വജ്ഞാനമാണെങ്കിലോ അവിടെ കാരകം ബാധിക്കപ്പെട്ടിരിക്കുന്നു കാരകം വിവേകം കൊണ്ട് അവിടെ നശിച്ചിരിക്കുന്നു അവിടെ കർത്താവല്ല തനിക്ക് കർമ്മം ചെയ്യുന്നതിന് തന്നെ അന്യമായി കർമ്മങ്ങളില്ല സർവം ആത്മീയവാഭൂത് അവനെ സംബന്ധിച്ചിടത്തോളം സർവം ആത്മാവായി തന്നെ തീർന്നു ഇത് രണ്ടും എങ്ങനെ യോജിപ്പിക്കാൻ കഴിയും മഹീകം വസ്തുപരമാർത്ഥ കത്രാദിവിശേഷം ചെയ്ത് ഉപയോഗ ദൃഷ്ടശക്യതും ഒരേ ഒരു വസ്തു തന്നെ കർത്തൃത്വം കർമ്മത്വം തുടങ്ങിയ ധർമ്മങ്ങളോടുകൂടിയിരിക്കുന്നു അതേസമയം അതൊന്നുമില്ല എന്നിങ്ങനെ പറയാൻ കഴിയത്തില്ല അവശ്യം ഹി അന്യതരം മിഥ്യാസ്യൊന്ന് സത്യമായിരിക്കണം ഒന്ന് അസത്യമായിരിക്കണം അന്യതരസ്യ മിഥ്യാത്വ പ്രസംഗയുക്തം ഈ സ്വാഭാവിക അജ്ഞാന വിഷയസ്യ ദ്വിദ്യാത്വം അതായത് കർത്തൃത്വാദികളോട് കൂടി ഇരിക്കുക അതിനെ നിഷേധിച്ചിരിക്കുക രണ്ടും കൂടി സാധ്യമല്ല ഞാൻ കർത്താവായിരിക്കുക അതേസമയം അകർത്താവായിരിക്കുക അത് തനിക്ക് സാധ്യമല്ല ഒന്നിനെ നിഷേധിക്കണം നിഷേധിക്കുമ്പോൾ എങ്ങനെ നിഷേധിക്കും സ്വാഭാവിക അജ്ഞാന വിശേഷ്യ അനാദിയായിരിക്കുന്ന അജ്ഞാനകാര്യമായിരിക്കുന്ന ഈ ദ്വൈതം മിഥ്യയാണോ അതിനെ നിഷേധിക്കുന്നു ദ്വൈതത്തെ അസത്യമായി സ്വീകരിക്കേണ്ടി വരുന്നു എത്ര ഹിദ്വൈതമതി എവിടെയാണോ ദ്വൈതത്തെ പോലെ അനുഭവപ്പെടുന്നത് സംസാരത്തെക്കുറിച്ച് പറയുന്നു അവൻ ഭേദജ്ഞാനമുണ്ട് മൃത്യുവോ സമൃദ്ധിയും ആത്മൗതിയ ഭേദജ്ഞാനം കൊണ്ട് മരണത്തിൽ നിന്നും മരണത്തിലേക്ക് സംസാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു മോക്ഷം പ്രാപിക്കാൻ കഴിയുന്നില്ലാഥ എത്ര അന്യ പശ്യതിപ്പം ഇവിടെ ഈ ഭേദബുദ്ധിയുള്ളവൻ അവന്റെ അറിവൽപ്പമാണ് ബൃഹത്തായ ബ്രഹ്മത്തിന്റെ സാക്ഷാത്കാരം അവന് സംഭവിക്കുന്നില്ല അന്യസു അന്യഹമസ്മി അവനെ സംബന്ധിച്ച് എന്താണോ ഈ പരമാത്മ തത്വം അന്യമാണ് താൻ അന്യനാണ് ജീവൻ വേറെയാണ് ഈശ്വരൻ വേറെയാണ് ഉദരമന്തരം ഗുരുതെ അത് തസ്യ ഭയംഭവതി അങ്ങനെ ചിന്തിച്ച് അല്പമെങ്കിലും ഭേദത്തെ മനസ്സിൽ കൽപ്പിച്ചു കഴിഞ്ഞാൽ ആ ഭേദനിമിത്തമായി അവനിൽ ഭയമുണ്ടാകും അവൻ അന്യനെ ഭയക്കുന്നു ഭേദത്തെ ഭയക്കുന്നു തന്നെ അന്യനിൽ നിന്നും വേറിട്ട് കാണുന്നു അപ്പൊ അന്യനിൽ നിന്നുള്ള ഭയത്തെ അവൻ അനുഭവിക്കുന്നു അതുകൊണ്ട് ഉദരം അന്തരം ഗുരുതെ അല്പമെങ്കിലും ഭേദത്തെ കൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ഭയം വരും ഇത്യാദി ശ്രുതി ശലേഖ്യ ഇങ്ങനെ നൂറുകണക്കിന് ശ്രുതികളുണ്ട് മറിച്ച് സത്യമാണെങ്കിലോ സത്യത്തെമിച്ച ഏകത്വ സേവ ഏകധാനമ്യം സത്യമാണെന്ന് പറഞ്ഞാലോ ഏകമായിരിക്കുന്ന ആ പരമാത്മതത്വത്തെ ഏകരൂപത്തിൽ തന്നെ ധ്യാനിക്കുക ഏകരൂപത്തിൽ തന്നെ സാക്ഷാത്കരിക്കുക ഭേദചിന്ത ഇല്ലാതിരിക്കുക ഏകമേവാദ്യം അതാണ് ശ്രുതി പറയുന്നത് ഏകമേവാദ്യം ബ്രഹ്മേവേദം സർവം ആത്മേവേദം സർവം ഇത്യാദി ശ്രുതിഭ്യായ ഈ ശ്രുതികളെല്ലാം ആ ഏകത്വത്തെ ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഏകമായിരിക്കുന്നതിനൊരേ സമയം കർത്താവായും കർത്തൃശൂന്യനായും ഇരിക്കാൻ പോലെ സത്യമായിരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഒന്ന് മിഥ്യയാകും ദ്വൈതം മിഥ്യയായിരിക്കുന്നു അതുകൊണ്ട് വിദ്യാകർമ്മങ്ങളെ സമുച്ഛയിപ്പിക്കാൻ സാധ്യമല്ല ഇന്ന് ഈ സമ്പ്രദാനാധികാരകേദ അദർശനെ കർമ്മബോധ്യത ഏതൊരുവനാണോ തന്നെ കർത്തവായി കാണാത്തത് യാഗത്തെ സ്വർഗത്തിന് കരണമായി കാണാത്തത് അവനെ സംബന്ധിച്ചിടത്തോളം സമ്പ്രധാനാധികാരക ഭേദ അദർശനെ കാരകഭേദത്വൻ കണ്ടില്ലെങ്കിൽ കർമ്മ കർമ്മവുമില്ല കാരകബോധമുള്ളവന് കർമ്മം ഞാൻ കർത്താവാണെന്നുള്ള ബോധമുള്ളവന് കർമ്മം അല്ലാത്തവൻ കർമ്മമില്ല അന്യത്വ ദർശന അപവാദ വിദ്യാ വിഷയ സഹസ്രീയത ഈ വിദ്യയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഭാഗത്ത് ശ്രുതിയിൽ ഈ അന്യത്വ ദർശനത്തെ നിഷേധിക്കുന്നു അത് സഹസ്രശതസ് ധാരാള സ്ഥലത്തുണ്ട് അന്യത്വത്തെ നിഷേധിക്കുന്നുണ്ട് അതോ വിരോധോ വിദ്യാകർമ്മമോഹോ അതുകൊണ്ട് വിദ്യാകർമ്മങ്ങളുടെ സമസമുച്ഛയത്തെ നിഷേധിക്കുന്നു അത് സമുച്ചയ അനുപത്തി ഹി സമുച്ചയം സാധ്യമല്ല വിദ്യാകർമ്മങ്ങളിലൂടെ മോക്ഷ സാധ്യമല്ല തത്രയൊക്കെ സംഹതാഭ്യാം വിദ്യാകർമ്മഭ്യാം മോക്ഷയെ അനുബന്ധം തത് അതുകൊണ്ട് സമ്മഹതമായ വിദ്യാകർമ്മങ്ങളിലൂടെ വിദ്യാകർമ്മങ്ങൾ ഒന്നിച്ച് ഒരുപോലെ അനുഷ്ഠിച്ച് മോക്ഷം നേടാമെന്നുള്ളത് അത് ശരിയല്ല വിഹിതത്വ കർമ്മ വിഹിതത്വ കർമ്മം വിഹിതമാണ് ശ്രുതി വിരോധ ഇത് ശ്രുതിക്ക് വിരോധം വരും എന്താണ് വിദ്യയും കർമ്മവും വിധിച്ചതാണ് അതുകൊണ്ട് മോക്ഷത്തെ സ്വീകരിച്ചില്ലെങ്കിൽ ഇതെന്തിനു വിധിച്ചു ശ്രുതിയിൽ വിരോധം വരും അസംബന്ധശ്രുതി പറഞ്ഞുവരും അത് പറയുന്നു യുപ്പം മൃദ്യ ഭർത്താതികാരകവിശേഷമാത്മീകം വിധീയത സർപ്പാതിഭ്രാന്തിവിജ്ഞാനവർദ്ധകർമ്മവിധിശ്രുതി നാം നിർഷി ത് വിധ വിഹിതർമാണി സിധോ യുക്തമായ യദ്യുപമൃതി കർത്താതികാരക വിശേഷാത്മീകത്വ വിജ്ഞാനം വിധീയത ശ്രുതി കർത്താതികാരക വിശേഷ വിജ്ഞാനത്തെ നിഷേധിച്ചുകൊണ്ട് ഉപമൃത്യെ ബാധിച്ചുകൊണ്ട് ആത്മീകത്വ വിജ്ഞാനം ആത്മാവേഗമാണെന്ന് ബോധിപ്പിക്കുകയാണെങ്കിൽ ഏതുപോലെ സർപ്പാതിഭ്രാന്തി വിജ്ഞാനം ഉപമൃദ്ധക രജ്വാതി വിഷയവിജ്ഞാനം സർപ്പോയം എന്ന് ഭയമുണ്ടായി ഒരാൾക്ക് ഉടനെ അടുത്തൊരാൾ പറയുന്നത് നായം സർപ്പ ഇത് സർപ്പമല്ല ഇജ്ജു ഇത് കയറാണ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു സർപ്പാതിഭ്രാന്തി വിജ്ഞാന ഉപമർദ്ദക രജ്ജുവാദി വിഷയവിജ്ഞാനവന് രജ്ജു എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ഞാനും ഉണ്ടാകുന്നു ഭ്രമമില്ലാതാകുന്നു ഭ്രമകാര്യമായി വന്ന ഭയ കമ്പാദികളെല്ലാം നിവർത്തിക്കുന്നു അതുപോലെ ഇവിടെ എന്താണ് ഹർത്രാദികാരകവിശേഷം നിഷേധിക്കുന്ന ആത്മീകത്വ വിജ്ഞാനത്തെയാണ് ഇവിടെ വിധിക്കുന്നത് അതുകൊണ്ട് പ്രാപ്ത കർമ്മവിധിശ്രുതിയെ നാം നിർവിഷയത്വാശ്രുതികൾ നിർവിഷയത്വാൻ നിർവിഷയമാകൊണ്ട് അതിൽ വിരോധം വരുന്നു വിഹിതാനുജ കർമ്മമാണ് കർമ്മങ്ങൾ വിഹിതമാണ് കർമ്മം കൊണ്ട് നിർവശയമായ മോക്ഷത്തെ പ്രാപിക്കാൻ സാധ്യമല്ലോധന യുക്തത്തിൽ പരസ്പര വിരോധം വരാൻ പാടില്ല പ്രമാണത്വ അശ്രുതി സമ്പൂർണ്ണമായി പരസ്പര വിരുദ്ധമായ രണ്ടു കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നാ പുരുഷാർത്ഥോരുഷാർത്ഥത്തോർത്ഥത്തെയാണ് ശ്രുതി ഉപദേശിക്കുന്നത് അതിൽ വിരോധമല്ല ഒരു സ്ഥലത്ത് കർമ്മത്തെ പുരുഷാർത്ഥമായി നിർദ്ദേശിക്കുന്നു വേറെ സ്ഥലത്ത് മോക്ഷത്തെ പുരുഷാർത്ഥമായി നിർദ്ദേശിക്കുന്നു പരസ്പര വിരുദ്ധമുള്ള കാര്യമെല്ലാ ശ്രുതി അതിനുവേണ്ടിയാണ് ധർമാർത്ഥതാമ മോക്ഷങ്ങളെല്ലാം പുരുഷാർത്ഥം അതിനെല്ലാം ശ്രുതി നിർദ്ദേശിക്കുന്നുണ്ട് പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ പറയുന്നുണ്ട് വിദ്യോപദേശപരാതാപ്രുതി സംസാരോക്ഷിതി സംസാരഹേതോ അവിദ്യ വിദ്യാ വിദ്യയാത്തവ്യേതി വിദ്യ പ്രകാശന പുറവൃത്തിനോ ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത് വിദ്യ ഉപദേശപ്പെടാത്ത അവശ്രുതി ശ്രുതി വിദ്യയെ വെളിപ്പെടുത്തുന്നു സംസാര പുരുഷോ എന്താണ് താല്പര്യം ഈ സംസാരത്തിൽ പുരുഷനെ മോചിപ്പിക്കണം അതുകൊണ്ട് സംസാരഹേതുവിദ്യായ വിദ്യ നിവർത്തിക്കടത്തുകയോ സംസാരത്തിന് കാരണമായിരിക്കുന്ന വിദ്യ വിദ്യ കൊണ്ട് നിവർത്തിക്കണം എന്ന് കരുതി വിദ്യാ പ്രകാശകത്വേന പ്രവൃത്ത വിദ്യയെ പ്രകാശിപ്പിക്കുന്നു അതാണ് ശ്രുതിയുടെ താല്പര്യം അതുകൊണ്ട് ന വിരോധ കർമ്മവും ജ്ഞാനവുമായിട്ട് വിരോധമൊന്നുമില്ല ഒരിടത്തും എന്ത് ചെയ്യുന്നു കർമ്മത്തെ ബോധിപ്പിക്കുന്നു വേറെടുത്ത് എന്താണ് പറഞ്ഞത് ഉപമൃദ്യ കർത്താതികാരക വിശേഷം ആത്മീകത്വ വിജ്ഞാനം വിധിയുടെ ഒരിടത്ത് കർത്തൃത്വവാദികളെയൊക്കെ നിഷേധിച്ചുകൊണ്ട് ആത്മീകത്വ വിജ്ഞാനത്തെ ഇരിക്കുന്നു അപ്പൊ ശ്രുതിയിൽ വിരോധം വരുമ്പോ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണല്ലോ പറയുന്നത് ഒരിടത്ത് കർത്തൃത്വ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യാൻ ആവശ്യപ്പെടുന്നു വേറെടുത്ത് പറയുന്നു കർത്തൃത്വങ്ങളൊന്നുമില്ല ഇതാണ് പരസ്പര വിരോധം എന്ന് പറയുന്നത് പറയുന്ന വിരോധമല്ല കർത്താതി കാരക സദ്ഭാവ പ്രതിപാദപരം ശാസ്ത്രം വിരുദ്ധതയെ വേദിച്ച് എന്നാലും വിരുദ്ധം വരുമല്ലോ കാരണം ശ്രുതി തന്നെ കർത്തൃത്വവും മറ്റുമുണ്ട് എന്ന് ബോധിപ്പിക്കുന്നുണ്ടല്ലോ കാരകസദ്ഭാവ പ്രതിപാദനപര ശാസ്ത്രം ഉണ്ടല്ലോ അത് നിഷേധിക്കുന്നു വേറെടുത്ത് കർത്തൃത്വം ഒന്നുമില്ല എന്ന് പറയുന്നു എന്തായാലും പരസ്പര വിരുദ്ധമാണല്ലോ പറയുന്നത് എന്നാണ് ഉത്സാഹം തോന്നുന്നതാണ് ഒരിടത്ത് പറയുന്നു എന്താണ് കർമ്മം ചെയ്യണം വേറെടുത്ത് പറയുന്നു കർമ്മത്തെ അപേക്ഷിക്കണം ഒരിടത്ത് പറയുന്നു ആത്മാവ് നിർഗുണമാണ് വേറെടുത്ത് പറയുന്നു ആത്മാവ് കർമ്മം ചെയ്യുന്നതാണ് ഈ വിരോധം വന്നതുകൊണ്ടാണത് ഈ വഴക്കെല്ലാം പൂർവ്വമീമാംസകരും ഉത്തരമീമാംസകരും എല്ലാം ഉണ്ടായത് യഥാപ്രാപ്ത മീമ കാരകാസ്ഥ ഉപാദായ ഉപാത്ത ദുരിതക്ഷയാർത്ഥം കർമാണി വിദധാസ്ത്രം ക്ഷൂണ ഫലാർജനാംഗ ഫലസാധനം എന്ന കാരകാസ്ത്യത്വം ഇതുവരെ പറഞ്ഞു വന്നതിൻ്റെ ചർച്ചയെ ചുരുക്കി പറഞ്ഞു വേദം എന്താണ് ചെയ്യുന്നത് ഒരു ഭാഗത്ത് അത് ഒന്നിനെയും സൃഷ്ടിക്കുന്നില്ല മറിച്ചെന്ത് ചെയ്യുന്നു കാരക അസ്തിത്വം പ്രാപ്തമേവ ജീവനിൽ ആ കാരകത്വം വന്നു കഴിഞ്ഞു ജീവനിൽ അഹന്ത വന്നു കർത്തൃത്വ ബോധം വന്നു ശ്രുതി അത് മനസ്സിലാക്കിയിട്ട് അതിനെ അംഗീകരിക്കുന്നു ശരി നിങ്ങൾ കർത്തൃത്വമുണ്ട് നിനക്ക് കർത്താവാകാതിരിക്കാൻ കഴിയത്തില്ല നീ നിന്റെ ശരീരത്തോടും മനസ്സിനോടും താതാമ്യപ്പെട്ടിരിക്കുകയാണ് നീ നിന്റെ ശുദ്ധമായ പരമാത്മഭാവത്തെ വിട്ടിട്ട് ജീവഭാവത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇനി നിനക്ക് കർമ്മം ചെയ്തേ പറ്റൂ അകർമ്മം എങ്ങനെ ചെയ്യണം ദുരിതക്ഷയാർത്ഥം ദുരിതത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി കർമ്മം ചെയ്യുക കർമാണി വിദഗ്ധ ആർക്ക് മൂക്ഷൂണോ കർമ്മത്തെ വിധിച്ചിരിക്കുന്നത് മുമ്മുക്ഷുക്കൾക്ക് വേണ്ടിയാണ് എങ്ങനെ അവന്റെ പാപക്ഷയത്തിന് വേണ്ടി അവന്റെ ശാസ്ത്രം കർമ്മത്തെ വിധിച്ചിരിക്കുന്നു ഇപ്പം വേദത്തെ സമന്വയിപ്പിക്കാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് പോലെ വേദം കർമ്മകാഠം പൂർണ്ണം അസംബന്ധമാണെന്ന് തന്നെ പറയുന്നത് മുമുക്ഷുവിനു വേണ്ടി കർമ്മം വിധിച്ചിരിക്കുന്നു ഉപാത്ത ദുരിതക്ഷയാർത്ഥം സഞ്ചിതമായ ദുരിതത്തെ നശിപ്പിക്കുന്നതിനും അതിനുവേണ്ടിയാണ് ശാസ്ത്രം കർമ്മത്തെ വിധിച്ചിരിക്കുന്നത് അല്ലാതെ ശാസ്ത്രം പാടിയ കർമ്മത്തെ നിഷേധിക്കുക എന്നല്ല മുംഷ അല്ലെങ്കിലോ ഫലാർത്ഥനാമത്തെ ഫലസാധനം സ്വർഗാദിഫലങ്ങളെയാണ് ഫലസാധനമായി വിധിച്ചിരിക്കുന്നു കർമ്മത്തെ അത് എന്ന കരകാസ്തിത്വ പ്രിയതി അതിന്റെ ജോലി എന്താണ് ഇതിനെല്ലാം സൃഷ്ടിക്കയില്ല ജീവനിൽ കാരകത്വത്തെ കർമ്മത്തെ ഉണ്ടാക്കുക ഫലത്തെ ഉണ്ടാക്കുക സംസാരത്തെ ഉണ്ടാക്കുക ഇതൊന്നും ശ്രുതിയുടെ പണിയല്ല അത് ബോധിപ്പിക്കുന്നു ഇന്നതാണ് സംസാരം ഇന്നതാണ് കാരകം ഇന്നതാണ് ബന്ധം ഇന്നതാണ് നിവൃത്തി അല്ലാതെ ഒന്നിനെ സൃഷ്ടിക്കുകയല്ല വേദത്തിൻ്റെ ജോലി ഉപചിത ദുരിത പ്രതിബന്ധ ഉപജിത ദുരിത പ്രതിബന്ധസ്യ വിദ്യോത്പത്തിനാകൽപത എന്തിനീ ബുദ്ധിമുട്ടുള്ള ഈ കർമ്മത്തെ വേദം വിധിക്കുന്നു ക്ലേശകരമായ കർമ്മങ്ങൾ പറയുന്നു ഉപചിത പ്രതിബന്ധസ്യ ദുരിതമാകുന്ന പ്രതിബന്ധം സഞ്ചയിച്ചിരിക്കുന്നവൻ കുറവ് അനേക ജന്മങ്ങളിലൂടെ അവന് സഞ്ചരിച്ചിരിക്കുന്നവന് ന വിദ്യോത്പത്തി അവന് വിദ്യോത്പത്തി ഉണ്ടാകത്തില്ല അവൻ എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും ശരി കർമ്മം അനുഷ്ഠിക്കാതെ വിദ്യ ഉത്പത്തി ഉണ്ടാകത്തില്ല അപ്പൊ കർമ്മം അത്യന്താപേക്ഷിതമാണെന്നാണ് ഇവിടെ പറയുന്നത് എന്തിനാ ദുരിതത്തെ ക്ഷയിപ്പിക്കുന്നതെന്ന് അവിടെയാണ് നിഷ്കാമ കർമ്മത്തിന്റെ പ്രയോജനം ദുരിതക്ഷയത്തിലോ ച വിദ്യ ഉത്പത്തി ഞാനോ ഉണ്ടാകുന്നു അവിടെ അവിദ്യ എന്ന് വൃത്തിക്കുന്നു ന്തിക സംസാരും ഉപരമാണ് അവിടെ ആത്യന്തികമായ സംസാരം നിവൃത്തിയാണെങ്കിൽ മോക്ഷം സംഭവിക്കുന്നു അതിനോട് വ്യക്തമായും പറയുന്നു അജ്ഞനെ സംബന്ധിച്ചിടത്തോളം കർമ്മം അനുഷ്ഠിക്കുക വെറുതെ ഞാൻ തത്വജ്ഞാനിയാണ് എന്ന് ഭാവിച്ചു കാര്യമൊന്നുമില്ല ശിഷ്യന്മാരുടെ ഭക്തന്മാരുടെ ഒക്കെ മുമ്പിൽ കാര്യമില്ല അജ്ഞനാണെങ്കിൽ എന്ത് ചെയ്യണം ചെയ്യണം അതിനുവേണ്ടി ഉപാത്ത ദുരിതക്ഷയത്തിന് വേണ്ടി അത്രയും ദുരിതം സംഭരിച്ചിട്ടുണ്ട് കർമ്മം ചെയ്താൽ അത് മാറുമോ കർമ്മയോഗമായി ചെയ്താൽ മാറും അത് നമ്മൾ ചർച്ച ചെയ്തതാണ് അങ്ങനെ ദുരിതം ക്ഷയിച്ചു കഴിഞ്ഞാൽ ശ്രവണ മനനാദി സാധനങ്ങളിലൂടെ വിദ്യ ഉത്പന്നമാകും നമ്മൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു തഥശ്ശവിദ്യ വിദ്യകൊണ്ട് ആ വിദ്യ നശിക്കുന്നു തഥ ആത്യന്തിക സംസാരവശം അതുകൊണ്ട് ആത്യന്തികമായ സംസാരവശം ഇതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ എന്താണ് സർവത്ര ജ്ഞാന കർമ്മ സമുച്ചയത്തെ നിഷേധിക്കുമെങ്കിലും ഇവിടെ വിശിഷ്ടമായി പറയുന്ന എന്താണ് കർമ്മത്തിന്റെ പ്രാധാന്യം അപ്പൊ അദ്വൈതത്തിൽ നമ്മൾ പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ് ഒരേ സമയം കർമ്മത്തെ അംഗീകരിക്കുകയും അതേസമയം കർമ്മത്തെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് അതിന് ഭാഗികമായി മാത്രം മനസിലാക്കരുത് അദ്വൈതം കർമ്മത്തെ നിഷേധിക്കുന്നതാണ് ഇത് ധരിച്ചുകൊണ്ട് കാവ്യം കെട്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരുപാടുണ്ടീ ലോകത്ത് എന്താണ് അദ്വൈതം കർമ്മത്തെ നിഷേധിക്കുന്ന ഇത് കരുതി അതുപോട്ടെ ഇത് പറഞ്ഞുകൊണ്ട് ഇത് നടക്കുന്നത് കണ്ടിട്ട് ഇതാണ് അദ്വൈതം ഇതാണ് സന്യാസം എന്ന് കരുതി അദ്വൈതത്തെ പേടിക്കുന്ന ഒരു കൂട്ടരുണ്ട് അദ്വൈതം പഠിക്കാൻ പാടില്ല പഠിപ്പിക്കാൻ പാടില്ല അതിൻ്റെ അടുത്ത് ചെല്ലാൻ പാടില്ല ചെന്ന് കഴിഞ്ഞാൽ അത് കർമ്മത്തെ നശിപ്പിച്ചു കളയും കർമ്മത്തിന് വിരുദ്ധമാണ് മനുഷ്യനെ അലസനാക്കും ഇങ്ങനെയെല്ലാം പറയുന്ന അദ്വൈത ഭീരുക്കളും ഉണ്ട് ഇത് രണ്ടുമല്ല അദ്വൈതം ഇവിടെ വളരെ വ്യക്തമായി പറയും ഇത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇത് കൂടുതൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം അത് കണ്ടും കേട്ട് ശീലിച്ചവർക്ക് ഇരുന്ന് പറഞ്ഞാൽ വിശ്വാസം വരത്തില്ല ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു കർമ്മത്തെ എങ്ങനെ നിഷേധിച്ചു കർമ്മത്തിന്റെ ആവശ്യമെന്താണ് ഇക്കാര്യത്തിൽ ഇനിയും ആർക്കും ഒരു സംശയം ഉണ്ടാകത്തില്ലെന്നാണ് ശങ്കരാചാര്യരുടെ വിശ്വാസം എന്റെ വിശ്വാസം എന്താണ് അന്ന് ഇത്രയും വിശദമായി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അഭിച്ച അനാത്മദർശനോഹി അനാത്മവിഷയ കാമഹ ആത്മബോധമില്ലാത്തവന് അനാത്മ വിഷയങ്ങളിൽ കാമന ഉണ്ടാകും സ്വസ്വരൂപത്ത് നിശ്ചയമില്ലാത്തവന് സ്വർഗാദികാര്യങ്ങളിൽ കാമന ഉണ്ടാകും കാമയെ മനസ്സിക്കർമാണി ആ കാമന കൊണ്ടവൻ കർമ്മം ചെയ്യുന്നു തഥ തദ്ധായ ശരീരാദ്യുപാദാന ലക്ഷണ സംസാരം ഈ സംസാരം എന്താണ് തന്റെ കാപൂർത്തിക്കു വേണ്ടി കാമഫലാനുഭവത്തിന് വേണ്ടി ഒരു ശരീരത്തെ സ്വീകരിക്കുക ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് നാനാ കാമങ്ങളെ അനുഭവിക്കുക ഇതാണ് സംസാരം ശരീരഗ്രഹണം തന്നെ സംസാരം ജീവൻ ഒരു ശരീരത്തെ സ്വീകരിക്കുന്നത് തന്നെയാണ് ഇവിടെ സംസാരം എന്ന് പറയുന്നത് ഒരു തുടക്കം പല തുടക്കങ്ങളിൽ ഇടയ്ക്ക് സംഭവിക്കുന്ന ഒരു തുടക്കം തദ്വ്യതിരേഖണ ആത്മീകത്വ ദർശനോ വിഷയ ഭാവ കാമാനുബൂതി തദ്വ്യതിരേക ആത്മവ്യതിരേകമായി ആത്മീയത്വ ദർശിക്കുക വിഷയമില്ല തത്വജ്ഞന് തന്നിൽ നിന്ന് അന്യമായൊരു വിഷയമില്ല അതുകൊണ്ട് എന്തിനെ അവൻ കാമിക്കും തനിക്ക് കാമിക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്നും വേണം കാമ്യമായി എന്തെങ്കിലും വേണം പശുവോ പുത്രനോ സ്വർഗമോ എന്തെങ്കിലുമൊക്കെ വേണ്ടേ ഇവിടെ തന്നിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ല സർവത്മഭൂതമായി കാണുന്നവന് വിഷയാഘാത അവന് എങ്ങനെ കാമന വരും എന്താ അവ ഞാൻ കാമിക്കുന്നില്ല എനിക്ക് കാമന വേണ്ട എന്ന് വാശി പിടിച്ച കാര്യം വല്ലതും നടക്കും അങ്ങനെ വാശി പിടിച്ചിട്ട് കാമത്തെ ഒഴിവാക്കാൻ പറ്റും അതുകൊണ്ടൊന്നും കാമം ഒഴിവാകത്തില്ല എന്തുകൊണ്ട് കാമം ഒഴിവാകണമെങ്കിൽ അന്യമായൊന്നിനെ കാണാതിരിക്കണം ആത്മീയത്വ ദർശിക്കു മാത്രമേ കാമത്തെ ഒഴിവാക്കാൻ പറ്റൂ അല്ലാത്തവന് കാമത്തെ ഒഴിവാക്കാൻ പറ്റത്തില്ല കാരണം അന്യത്വ ബോധമിരിക്കുന്നു അന്യമായതുണ്ടെങ്കിൽ അത് കാമിക്കും അല്ലെങ്കിൽ ദ്വേഷിക്കും രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിച്ചേ അപ്പോൾ കാമത്തെ അങ്ങനെ ഒന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല മറ്റൊരഭ്യാസവും കൊണ്ട് അത് ഒഴിഞ്ഞു പോകത്തില്ല എന്നർത്ഥം എന്താ ജപമോ തപമോ കർമ്മമോ എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിച്ചാൽ അത് ഒഴിയത്തില്ല അത് കഴിയാൻ ഒരൊറ്റ എന്താണ് ആത്മീകത്വ ദർശനം അങ്ങോട്ട് വേറൊന്നില്ല അതുകൊണ്ട് കാമിക്കുന്നില്ല മനപൂർവ്വം വാശിയല്ല ഞാൻ കാമിക്കത്തില്ല അങ്ങനെ വാശിയല്ല അല്ലെങ്കിൽ അതൊരു ദൃഢനിശ്ചയമല്ല ഇന്നുമുതൽ എൻ്റെയല്ല കാമനയിൽ നശിച്ചിരിക്കുന്നു ഇതൊന്നുമല്ല മറിച്ചെന്താണ് അത് വിവേകമാണ് ആത്മീയത്വ ദർശനമാണ് അവിടെ രണ്ടാമതൊന്നുമില്ല കാമിക്കൻ കാമന സഹജമായും പ്രകടമാകുന്നില്ല ആത്മന് അനന്യത്വ കാമാനുപത്വ അനുപത്വ അനന്യത്വ അവിടെ അനന്യബോധമാണ് ആത്മബോധമാണ് കാമാനുഭൂ അവിടെ കാമം ഉണ്ടാകുന്നതിനുള്ള യുക്തിയുമില്ല കാമം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുമില്ല അങ്ങനെ വരുമ്പോൾ പിന്നെ കർമ്മങ്ങളല്ല ആ പരമാർത്ഥ ദർശനത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് അതിനു മുമ്പേ കർമ്മത്തെ ഉപേക്ഷിക്കുക കാമത്തെ ഉപേക്ഷിക്കുക ഇതൊക്കെ അസാധ്യമാണെന്നാണ് പറയുന്നത് വേണമെങ്കിൽ നമ്മുടെ കർമ്മത്യാഗമെന്ന് പറയാം അലസതയെ അധികവിഞ്ഞ് കർമ്മത്യാഗം സാധ്യമല്ല അതുകൊണ്ട് കാമം അനുപമന്നമായി തീരുമ്പോൾ കർമ്മഹേതുവായിരിക്കുന്ന കാമത്തിന് നിലനിൽപ്പില്ലാതെ വരുമ്പോൾ സ്വയം താൻ വിചാരിച്ചിട്ടില്ല തന്റെ ഇച്ഛാശക്തി ഉണ്ടല്ലോ ഒരാൾക്ക് അയാളുടെ ഇച്ഛാശക്തി കൊണ്ട് കാമത്ത് ഒഴിവാകാൻ കഴിയത്തില്ല കഴിഞ്ഞേക്കും മസിൽ പിടിക്കുക കുറച്ച് കഴിയും പക്ഷെ എന്താണ് ഇച്ഛാശക്തി എന്ന് പറയുന്നത് മാനസിക വൃത്തിയാണ് എല്ലാ വൃത്തികളും പരിണാമത്തിന് വിധേയമാണ് അത് ക്ഷീണിക്കും അല്ലെങ്കിൽ നശിക്കും അന്വേഷിക്കുമ്പോ എന്തേലും വീണ്ടും പഴയത് തിരിച്ചു വരും എന്തുകൊണ്ട് അന്ധക്കരണം പരിണാമ വിധേയമാണ് അവിടെ കാമമോ ക്രോധമോ ഒന്നും ഇല്ലാതാക്കാൻ അഭ്യാസങ്ങളുണ്ടെന്ന് സാധ്യമല്ല മറിച്ച് ആത്മബോധം തന്നെ അതും എങ്ങനെയുള്ള ആത്മബോധം അനന്യമായ ആത്മബോധം ആ ആത്മബോധത്തിൽ ആത്മാവല്ലാതെ മറ്റൊന്നുമില്ലാത്തതുകൊണ്ട് കാമവുമില്ല അതിനെന്തു പറയുന്നത് സ്വാത്മന്യവസ്ഥാനം സ്വരൂപസ്ഥിതി ഇതാണ് മോക്ഷം അപ്പൊ ആ സ്വരൂപസ്ഥിതിയിൽ മാത്രമേ പൂർണ്ണമായ കർമ്മത്യാഗം സംഭവിക്കുന്നുള്ളൂ ഞാൻ അല്ലാതെയുള്ള കർമ്മത്യാഗത്തെ കുറിച്ചൂടെ പറയുന്നുണ്ട് ബുദ്ധിമുട്ടുള്ള കർമ്മങ്ങളെ ഒഴിവാക്കുക കാമ്യകർമ്മങ്ങളെ ഒഴിവാക്കുക നിഷിദ്ധ കർമ്മങ്ങൾ ഒഴിവാക്കുക അങ്ങനെയുള്ള കർമ്മത്യാഗങ്ങളെല്ലാം ഉണ്ട് പക്ഷെ അതൊന്നും കൊണ്ട് കാമനാജിയ സാധ്യമല്ല അതിന് ആ ഒരു ഉപായങ്ങൾ അതിൽ യത്നം അധികം ആവശ്യമാണെന്നാണ് അടുത്ത് പറയുന്നത് ഇത്യതോപ്പി വിദ്യാകർമ്മൂർ വിരോധമായി ഇതുകൊണ്ടും മനസ്സിലാക്കണതാണ് ജ്ഞാന കർമ്മങ്ങൾ പരസ്പര വിരുദ്ധമാണ് കർമ്മം കൊണ്ട് മോക്ഷം സാധ്യമല്ല അത് <clears throat>